കുഞ്ഞുങ്ങളെ ഇപ്പോൾ പാടിയ പാട്ടിൽ അവർ പാടുകയായിരുന്നു കർത്താവ് വന്നത് നമ്മളെ ബ്ലെയിം ചെയ്യാനല്ല നമ്മളെ കുറ്റപ്പെടുത്താനായിട്ടല്ല നമ്മളെ കുറിച്ച് ആരോപണം ഉന്നയിക്കാനായിട്ടല്ല വന്നത് അവിടത്തേക്ക് നമ്മുടെ കരുണയുണ്ട് ഈ നിലയിലൊരു വാക്യം കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന സങ്കീർത്തനത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സങ്കീർത്തനമായിട്ടാണല്ലോ പറയാറുള്ളത് കാരണം അത് തുടങ്ങുന്നത് തന്നെ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രയോഗം നമ്മൾ പിന്നീട് കാണുന്നത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിലെ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് അപ്പോൾ ആ നിലയിലെ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സങ്കീർത്തനം അതിലെ ഓരോ വരികളും നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത് യേശുവിനോട് വളരെ താതാൽമ്യപ്പെട്ടു നിൽക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ കഴിയും പ്രിയപ്പെട്ടവർ ആ സങ്കീർത്തനം അതിൽ അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഇതാ അവിടെ പറയുകയാണ് അരിഷ്ടൻ്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല തൻ്റെ മുഖം അവനെ മറച്ചതുമില്ല ദൈവം അരിഷ്ടൻ അരിഷ്ടൻ അരിഷ്ടൻ എന്ന് പറയുമ്പോൾ അഫ്ലിക്റ്റഡ് പല വിധത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവൻ തന്നെ തന്നെ അവൻ തന്നെ തന്നെ നോക്കുമ്പോൾ അവൻ തന്നെ തന്നെ ഒരു അരിഷ്ടനായിട്ടാണ് കാണുന്നത് തന്നിൽ തന്നെ അവനൊരു പ്രസാദമില്ല തന്നിൽ തന്നെ അവന് ഒരു പുകഴ്ചയില്ല ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ഒരു അരിഷ്ടൻ്റെ ഒരു മനോഭാവത്തിൽ കഷ്ടങ്ങളിലൂടെ പലതിലൂടെ കടന്നു ഒരു ആശ്വാസം കാണുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവം ആ അരിഷ്ടതയെ ദൈവം എന്തു ചെയ്തില്ല നിരസിച്ചില്ല വെറുത്തതുമില്ല വെറുത്തിരുന്നെങ്കിൽ നമുക്കെന്താ നിലനിൽപ്പുള്ളത് പ്രിയപ്പെട്ടവർ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ ഒരളവിൽ ഇന്ന് രാവിലെ ദൈവസന്ധിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളിൽ തന്നെ ഒരു പുകഴ്ചയില്ല നമ്മളിൽ തന്നെ ദൈവം പറഞ്ഞ പല കാര്യങ്ങളോട് നമുക്ക് അതിനോടൊപ്പം നമുക്കായിത്തീരാനായിട്ട് കഴിഞ്ഞില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ നമ്മൾ ഈ കേട്ട പ്രസംഗങ്ങളെല്ലാം ശരിക്കു കേട്ടിരുന്നെങ്കിൽ നമ്മൾ എന്നേ ഈ കേരളത്തിലെ ഏറ്റവും വിശുദ്ധനായ വിശുദ്ധമതിയായ ആളായി തീർന്നു പോയനേ ആയിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മളിതെല്ലാം കേട്ടിട്ടും ഇതെല്ലാം പറഞ്ഞിട്ടും നമ്മളിപ്പോഴും അരിഷ്ടനായ ഒരു മനുഷ്യനായും ഒക്കെ തന്നെയല്ലേ നിൽക്കുന്നത് അതെ പക്ഷേ ഇവിടെ ഇതാ ഈ ദൈവവചനത്തോട് ചേർന്ന് വരുമ്പോൾ നമ്മൾ ആ ഒരു ബോധ്യത്തോടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒരു വചനമാണ് ഈ അരിഷ്ടൻ്റെ അരിഷ്ടതയെ അവിടുന്ന് എന്തു ചെയ്തില്ല അവിടുന്ന് നിരസിച്ചില്ല അതിനേക്കാളും അപ്പുറത്ത് അവിടുന്ന് വെറുത്തുമില്ല ഇതിനെ വെറുക്കാനായിട്ടോ ഇതിനെ നിരസിക്കാനായിട്ടോ ആർക്കെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ അതാർക്കാണ് കഴിയുന്നത് ഒരു തെറ്റും ചെയ്യാത്ത ഒരു നിലയിലും ഒരു കാര്യം ഒരു കുറ്റവും പറയാനില്ലാത്ത ദൈവത്തിന് മാത്രം കർത്താവിന് മാത്രം വേണമെങ്കിൽ ഇതിനെ വെറുക്കുകയും നമ്മെ തള്ളിക്കളയുകയും നമുക്ക് നേരെ മുഖം മറച്ച് കളയുകയും ഒക്കെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്താലും ദൈവത്തിൻ്റെ നീതിക്ക് ഒരു കോട്ടവും വരുമായിരുന്നില്ല എങ്കിലും ആ നീതിയെ കവിയുന്ന സ്നേഹം കൊണ്ട് കരുണ കൊണ്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു അവിടുന്ന് തൻ്റെ മുഖത്തെ അവൻ മറച്ചില്ല അരിഷ്ടൻ്റെ അരിഷ്ട അരിഷ്ടത അവൻ നിരസിച്ചില്ല വെറുത്തതുമില്ല നാം ഇന്ന് കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ദൈവവചനം കേൾക്കുമ്പോഴുമൊക്കെ ശരിക്കും എനിക്കിതിന് അർഹതയുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകാറില്ലേ എനിക്ക് ഇതിന് എന്താ യോഗ്യത അയോഗ്യമായി ഇതിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ എന്നുള്ള വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ അരിഷ്ടതയെക്കുറിച്ചുള്ള ബോധ്യത്തോടെ എന്നാൽ ഇന്ന് അങ്ങ് മാറി നിന്നേക്കാം എന്ന് വിചാരിക്കും അടുത്ത അടുത്ത തവണ വരുമ്പോഴോ അടുത്ത തവണ അടുത്ത തവണ കാര്യം ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല കാര്യങ്ങൾ കുറച്ചുകൂടെ കുഴപ്പമായിട്ടേ ഉള്ളൂ അന്നേരം എന്ത് വിചാരിക്കും എന്നാൽ ഇത്തവണയങ്ങ് മാറി നിന്നേക്കാം അങ്ങനെ അങ്ങനെ പിശാചെന്ത് ചെയ്യും നമ്മളെ പതുക്കെ ഈ കാര്യങ്ങളിൽ നിന്ന് മാറ്റിക്കളയും ദൈവത്തിനായിട്ടുള്ള ജീവിക്കാനായിട്ടും ഏറ്റവും ഭംഗിയായിട്ട് ജീവിക്കാനായിട്ടുള്ള നമ്മുടെ ആഗ്രഹത്തെ ഉപയോഗിച്ച് തന്നെയാണ് പിശാച്ച് നമ്മളെ പലപ്പോഴും കുഴപ്പത്തിലാക്കാറുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ പിശാച്ച് എല്ലാവരുടെയും അടുത്ത് ഒരേ തന്ത്രമല്ല കൊണ്ടുവരുന്നത് ഹോൾ ഹാർട്ടഡായിട്ട് പൂർണ്ണ മനസ്കരായിട്ട് കർത്താവിനെ സേവിപ്പാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്ത് അവൻ പലപ്പോഴും നമ്മുടെ കുറവ് കാണിച്ച് നമ്മൾ അരിഷ്ടരാണെന്ന് കാണിച്ച് നമുക്കിതിനൊന്നും യോഗ്യതയില്ലെന്ന് കാണിച്ച് നമ്മളെ ഇതിൽ നിന്ന് ആ കർത്താവിൻ്റെ ആ സ്നേഹവിരുന്നിൽ പങ്കാളികളാകുന്നതിൽ നിന്ന് നമ്മളെ പലപ്പോഴും അകറ്റിക്കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് കർത്തൃമേശം നമ്മുടെ മധ്യത്തിൽ ഉള്ളതുകൊണ്ട് ആ നിലയിലുള്ള കർത്താവിൻ്റെ ഒരു ശിഷ്യനെക്കുറിച്ച് അവനെ കർത്താവ് മടക്കി കൊണ്ടുവന്നതിനെക്കുറിച്ചും ഒക്കെ നമുക്കറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് ഒന്ന് നോക്കാം കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ എന്ന് നമ്മൾ പറയുന്നവർ മൂന്ന് പേരാണ് മറ്റു പലരെയും കൊണ്ടുപോകാത്ത പല രംഗങ്ങളിലും കർത്താവ് ഈ മൂന്ന് പേരെ കൊണ്ടു വന്നിരുന്നു അത് നമുക്കറിയാം പത്രോസ് യാക്കോബ യോഹന്നെ ഒന്നാമൻ പത്രോസ് എന്ന് പറയുന്നത് പോലെ പത്രോസിനെ പല രംഗങ്ങളിലും ഈ മൂന്ന് പേരിലും ഒന്നാമനായിട്ട് നമ്മൾ പലപ്പോഴും കാണും അങ്ങനെയുള്ള പത്രോസ് പക്ഷേ കർത്താവിൻ്റെ പിൻപറ്റുന്ന ആ വഴിയിൽ തന്നെ കർത്താവിനെ തള്ളിപ്പറയുന്നതിലും അവനെന്തായിരുന്നു മുൻപിലായിരുന്നു മുൻപിലായിരുന്നു ഇത്രയേറെ മോശമായിട്ട് കർത്താവിനോട് പെരുമാറിയ വേറെ ആരെങ്കിലും ഉണ്ടോ കർത്താവിൻ്റെ ശിഷ്യന്മാർ ആ യുവതയുടെ കാര്യം യുവത അച്ചാരം വാങ്ങിച്ച കർത്താവിനെ ഒറ്റ കൊടുത്തു എന്ന് പറഞ്ഞാലും എന്തു ചെയ്തിട്ടില്ല പരസ്യമായിട്ട് കർത്താവിനെ പ്രാവുകയോ ആണയിടുകയോ തള്ളിപ്പറയോ എനിക്ക് അവനെ അറിയില്ല എന്ന് പറഞ്ഞ് ഡിസൗൺ ചെയ്യുകയോ ഒന്നും ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല എന്ന് തന്നെയല്ലേ എനിക്കറിയാമെന്ന് പറഞ്ഞാണ് ചുംബിച്ചു ചുംബിച്ചത് നോക്കിയാൽ അപ്പോൾ ഒരളവിൽ നമ്മൾ നോക്കുമ്പം പണത്തിൻ്റെ കാര്യം മാറ്റി വച്ചാൽ യൂതായേക്കാളും മോശപ്പെട്ട ആൾ ആരായിരുന്നു പത്രോസായിരുന്നു ഇത്രയേറെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടി ഇത്രയേറെ കർത്താവ് കൂടെ കൊണ്ട് നടന്നു എന്നിട്ടും അവൻ വളരെ വളരെ വളരെ ശോചനീയമായ നിലയിൽ വീണുപോയി ഈ പത്രോസിനെ മടക്കി കൊണ്ടുവരാനായിട്ട് കർത്താവ് അവസാന നിമിഷങ്ങളിലെ കൈകാര്യം ചെയ്യുന്ന കർത്താവ് എടുക്കുന്ന ഏഴ് പടികളെക്കുറിച്ച് ഏഴ് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ മുമ്പിലുള്ള സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് നോക്കാം പത്രോസ് എന്ത് ചെയ്തു ഒടുവിലത്തെ രംഗത്ത് പ്രത്യേകിച്ചും ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പത്രോസ് കർത്താവിനെ പിൻപറ്റി റ്റുമ്പോൾ തന്നെ അകലം വിട്ട് പിൻ പിഞ്ചെന്നു അങ്ങനെയൊക്കെയുള്ള അവൻ്റെ പിന്മാറ്റത്തിൻ്റെ പടികളെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത് മറിച്ച് അവനെ തിരികെ കൊണ്ടുവന്നതിനെക്കുറിച്ചാണ് പറയുന്നത് തിരികെ കൊണ്ടുവന്നതിനെക്കുറിച്ച് അവിടെ ഇതാ അവന് പലരുടെ മുമ്പാകെ കർത്താവിനെ തള്ളിപ്പറയുന്നു അൻപത്തി എട്ടാമത്തെ വാക്യം എന്ന് നോക്കുക അല്ലെങ്കിൽ അൻപത്തി ആറാമത്തെ വാക്യം ഒരു ബാല്യക്കാരുത്തി അവനെക്കുറിച്ച് പറഞ്ഞു ഇവനും അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു അവനോ സ്ത്രീയെ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളി പറഞ്ഞു കുറഞ്ഞു എന്നു കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു അൻപത്തി എട്ടാമത്തെ വാക്യം നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു പത്രോസോ മനുഷ്യ ഞാനല്ല എന്ന് പറഞ്ഞു ഏഹ് പിന്നീട് അടുത്ത് മൂന്നാമത്തെ വട്ടം അറുപതാമത്തെ വാക്യത്തിൽ പിന്നെയും മനുഷ്യ നീ പറയുന്നതെനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു വേറൊരു സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഇത്രയും കൊണ്ടും താനെ പറഞ്ഞിട്ടും ആളുകൾക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ ആ എന്നാൽ പിന്നെ ഈ നസ്രേൻ്റെ ഏറ്റവും എതിർച്ചേരിയിലുള്ള ആളാണ് എന്ന് ബോധ്യപ്പെടുത്താമെന്ന് വിചാരിച്ച് ആ മുക്കുവന് അറിയാവുന്ന വിദ്യകളൊക്കെ പാവം പത്രോസ് പ്രയോഗിച്ചു എന്താ പ്രാകാനും ആണയിടാനും ഒക്കെ തുടങ്ങി ഏ ഇത്രയും ഒക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവനെന്തല്ല ഇവൻ്റെ ശിഷ്യനല്ല എന്ന ആളുകൾ മനസ്സിലാക്കിക്കോളും എന്നൊക്കെ വിചാരിച്ചാണോ പേടികൊണ്ടാണോ എന്താണോ പാവം പത്രോസ് എന്ത് ചെയ്തു കർത്താവിനെ തള്ളി പറഞ്ഞു ആ തള്ളി പറഞ്ഞ ആ രംഗം അവിടെ അവിടെ തന്നെ തുടങ്ങുന്നു കർത്താവ് എന്ത് ചെയ്യാൻ അവനെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം അവിടെ തന്നെ തുടങ്ങുന്നു നമ്മൾ അതിൻ്റെ ഇപ്പോൾ വായിച്ചിടത്ത് നിന്ന് അറുപത്തി ഒന്നാമത്തെ വാക്യം നോക്കുക അവൻ അവൻ സംസാരിക്കുമ്പോൾ തന്നെ മനുഷ്യ നീ പറയുന്ന എനിക്ക് തിരിയുന്നില്ല എന്ന് പറസ് പറഞ്ഞു തുടർന്ന് പ്രാകുവാനും ആണയിടുവാനും ഒക്കെ തുടങ്ങിക്കാണും അവിടെ തന്നെ അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കോഴി കൂകിയപ്പോൾ നേരത്തെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ മനസ്സിലും ആ കാര്യം വന്നു അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി പത്രോസിനെ ഒന്ന് നോക്കി പത്രോസ് പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്ത് അവൻ പുറത്തിറങ്ങി ആദ്യ ദുഃഖത്തോടെ കരഞ്ഞു തെറ്റ് ചെയ്തു പക്ഷേ തെറ്റിനുള്ള പരിഹാരം ദൈവസന്നിധിയിലേക്കുള്ള ആ മടങ്ങിവരവിൻ്റെ ഒന്നാമത്തെ പടി എന്താ ഞാൻ തെറ്റ് ചെയ്തുവെന്നും ആ തെറ്റിനെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപവുമാണ് ദൈവം നമ്മിൽ നിന്ന് ആ ഒരു കാര്യമാണ് പലപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നാൽ മതങ്ങൾ ക്രിസ്തീയ മതം പോലും എന്താ ചെയ്യുന്നത് അങ്ങനെ ഒരു അനുതാപമോ അല്ലെങ്കിൽ ആ കുറ്റം സ്വയം ഏറ്റെടുക്കുന്നതോ വിട്ടേച്ച് അതിന് പരിഹാരമായിട്ട് ഒരു ഒരു പുണ്യസ്ഥലം സന്ദർശിക്കുകയോ അല്ലെങ്കിൽ പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കുകയോ ഒക്കെ ചെയ്യാം അതിനൊരു പോംവഴി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ ക്രിസ്തീയ സമൂഹം അതാ കൂടുതൽ സ്വീകരിക്കുന്നത് ഞാൻ പറഞ്ഞത് വ്യക്തമായോ സത്യത്തിൽ ഒരു ചെലവുമില്ലാതെ ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള വഴി എന്താ നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് സമ്മതിക്കുക എന്നിട്ട് അനുതാപത്തോടെ കർത്താവിലേക്ക് വരിക ആർക്കും ചെയ്യാവുന്ന പണക്കാരനും പാമരനും വിദ്യാഭ്യാസമുള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും ശാരീരിക ആരോഗ്യമുള്ളവനും അംഗപരിമിതനും എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമാണ് മനസ്സുകൊണ്ടൊരു മടങ്ങിവരവ് പക്ഷേ ഇന്ന് നോക്കുക ആ ഒരു കാര്യം മനസാന്തരം ഒരു തിരിച്ചുവരവ് അതിന് മാത്രം പലർക്കും താല്പര്യമില്ല അതിനേക്കാളും അവരെന്ത് ചെയ്യും വേണമെങ്കിൽ ഞങ്ങൾ മല കയറിയേക്കാം കഷ്ടപ്പെട്ട് അവിടെ വീണേൽ പോയേക്കാം കുറച്ച് ശാരീരികമായി കഷ്ടപ്പെട്ടേക്കാം അല്ലെങ്കിൽ കുറച്ച് പേരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുകയോ ഒരു നല്ല പ്രവർത്തിക്ക് കുറച്ച് പൈസ സംഭാവന ചെയ്യുകയോ ഒക്കെ ചെയ്യാം എന്നാലും തെറ്റ് സമ്മതിക്കുകയും മടങ്ങി വരികയും ചെയ്യാൻ ആളുകൾക്ക് താല്പര്യമില്ല ഇവിടെ ഇതാ നോക്കുക കർത്താവ് ഇവനോട് പറയുന്നു ഇവനെ നോക്കി അവന് പെട്ടെന്ന് അവൻ്റെ അവസ്ഥയെക്കുറിച്ചൊരു ബോധ്യമുണ്ടായി അവൻ അതിദുഃഖത്തോടെ കരഞ്ഞു നമ്മൾ മുടിയൻ പുത്രൻ്റെ മുടിയൻ പുത്രൻ എന്ന് വിളിക്കുന്ന അവൻ്റെ അനുഭവം നമുക്കറിയാമല്ലോ അവൻ ദൂരദേശത്ത് ആയിരുന്നപ്പോൾ അവൻ എങ്ങനെയാണ് തിരിച്ചു വന്ന് പിതാവിൻ്റെ അടുക്കൽ വലതുവശത്ത് ഇരുന്ന് പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് ആ വിരുന്നിൽ പങ്കാളിയായതെങ്ങനെയാണ് ഒരു വലിയ വിരുന്ന് നടക്കുക ആ വിരുന്നിൽ അവൻ എങ്ങനെ ആ പങ്കാളിത്തം ലഭിച്ചത് അവൻ തെറ്റു ചെയ്തില്ലേ അവൻ തെറ്റ് ചെയ്തു ആ എനിക്ക് വരേണ്ട പങ്ക് കിട്ടണം എന്ന് പറഞ്ഞു അവിടുത്തെ യഹൂദ നിയമം അനുസരിച്ച് ഒരു മകൻ ഒരിക്കലും പിതാവിൻ്റെ മുഖത്ത് നോക്കി പിതാവെ എനിക്ക് കിട്ടേണ്ട സ്വത്ത് എനിക്ക് വേണം എന്ന് പറയാൻ പാടില്ല പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവിടുത്തെ രീതി മരിച്ചു കഴിഞ്ഞ ശേഷമേ പിതാവിൻ്റെ സ്വത്ത് വീതം വയ്ക്കാവും അപ്പം ജീവനോട് ഇരിക്കുന്ന ഒരു പിതാവിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് വീതം വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പ നീ മരിക്കണം നീ ചത്താലും എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം എന്നുള്ള ആ കാര്യമാണ് അതുകൊണ്ട് യഹൂദന്മാരാരും അങ്ങനെ പറയാറില്ല എന്നാൽ ഈ ചെറുപ്പക്കാരനെന്ത് ചെയ്തു അപ്പൻ്റെ മുഖത്ത് നോക്കി അത് പറഞ്ഞു എന്നിട്ട് വീതം വാങ്ങിച്ച് പുറപ്പെട്ടു പോയി നാനാവിധമാക്കി പക്ഷേ അവൻ ദൂരദേശത്തിരിക്കുമ്പോൾ അവന് ബോധ്യം വന്നു അവൻ എന്ത് ചെയ്തു അവൻ തിരിച്ചു വന്നു അപ്പൻ്റെ വലതുവശത്ത് ഇപ്പോൾ വിരുന്നു വീട്ടിലിരിക്കുക ഈ സ്നേഹത്തിൻ്റെ മേശയിൽ അവൻ പങ്കാളിയാകുക എന്താ അവനെ വ്യത്യാസനാക്കി വ്യത്യസ്തനാക്കി തീർത്തത് ചെറിയ മനസ്സുകൊണ്ടുള്ള ഒരു ചെറിയ നിലപാട് അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാവം ചെയ്തു എന്നുള്ള ഒരു അംഗീകാരം ഞാൻ തെറ്റുകാരനാണ് എന്നുള്ളൊരു സമ്മതം വളരെ ലളിതമായ ഒരു കാര്യം ആർക്കും ചെയ്യാം പക്ഷേ ഇന്നത്തെ ലോകം ഇത്ര ഈ കാര്യം രക്ഷയിലേക്കുള്ള വഴി ഇത്ര ലളിതമായിട്ടും ആളുകൾ അതിനെ അവോയ്ഡ് ചെയ്ത് കുറച്ചുകൂടെ പ്രയാസമുള്ള വല്ല പരിപാടിയാണ് രക്ഷയ്ക്കുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചെയ്യും ഇസ്രായേൽ നാട് പോയി സന്ദർശിച്ചു വന്നാൽ പാപത്തിനെല്ലാം പരിഹാരമാകുമെന്ന് കണ്ടാൽ ആളുകൾ അതിനാ കൂടുതൽ അല്ലാതെ എഴുന്നേറ്റ് നിന്ന് സഹോര എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നതിനേക്കാളും ഏ ഇരുപത്തയ്യായിരം എത്രയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അത്രയും രൂപ മുടക്കി അവിടെ വരെ പോവുക ആ പോയി നാല് ദിവസം കഷ്ടപ്പെട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഓ കണ്ടോ മതം കാര്യത്തെ എത്ര വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നു നമുക്കതല്ലല്ലോ വിഷയം നമുക്ക് ഈ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരാം പത്രോസിനെ മടക്കി കൊണ്ടുവരാനായിട്ട് കർത്താവ് എന്തു ചെയ്തു കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി അപ്പോൾ ഈ പത്രോസ് പറയുന്ന കാര്യങ്ങളൊക്കെ ആർക്ക് കേൾക്കാം കെട്ടപ്പെട്ടവനായി നിൽക്കുന്ന കർത്താവിന് കേൾക്കാം കർത്താവ് പക്ഷേ ആഹാ ഇവനെ ഞാൻ എന്തെല്ലാം ഇടത്ത് കൊണ്ടുപോയി ഏതെല്ലാം രംഗത്ത് ഇവനെ ഒന്നാമനാക്കി കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു എന്നിട്ടും കണ്ടോ തരം കിട്ടിയപ്പോൾ എന്നെ ഒന്നാമത് തള്ളിപ്പറഞ്ഞത് ഇവനാണല്ലോ ഇങ്ങനുള്ളവൻ എന്ന് പറഞ്ഞ് കർത്താവ് ഇവനെ നോക്കാതിരുന്ന് ഇരിക്കുകയല്ല ചെയ്തത് മറിച്ച് ഒരവസരം ഉണ്ടായപ്പോൾ കർത്താവ് അവനെ തിരിഞ്ഞു നോക്കി ആ നോട്ടത്തിൻ്റെ ആ നോട്ടത്തിലെ സ്നേഹം ആ നോട്ടത്തിലെ ആർദ്രത ആ കർത്താവിൻ്റെ മുഖഭാവം വാക്കും ഭാഷണവും കൂടാതെ കർത്താവ് കണ്ണുകളിലൂടെ സംസാരിച്ചത് ഒക്കെ നേരെ ചെന്ന് അവൻ്റെ പത്രോസിൻ്റെ ഹൃദയത്തെ തൊട്ടു പത്രോസിൻ്റെ ചെയ്തു വളരെ വേഗത്തിൽ അവിടെ കുറച്ച് ക്രിയാപദങ്ങളാണ് നമ്മൾ കാണുന്നത് നോക്കി ഓർത്തു കരഞ്ഞു കണ്ടോ കർത്താവ് നോക്കി പത്രോസ് ഓർത്തു ആദ്യ ദുഃഖത്തോടെ കരഞ്ഞു അവനെ മടക്കി കൊണ്ടുവരാൻ കർത്താവ് അവിടെ നിൽക്കുമ്പോൾ കർത്താവിന് സംസാരിക്കാനൊക്കെ ആയിരിക്കുകയില്ല അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാനായിട്ട് ഓടി ചെന്ന് അവനെ പത്രോസെ സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനൊക്കെ ഇല്ല പക്ഷെ അവിടെ നിൽക്കുന്ന ഇപ്പോൾ കർത്താവിന് കഴിയുന്ന ഒരൊറ്റ കാര്യം ഒരു കൊച്ചി കാര്യം എന്താ അവനെ നോക്കി ആ നോട്ടം എന്തായിരുന്നിരിക്കാം ആ നോട്ടം തീർച്ചയായും കുറ്റപ്പെടുത്തുന്ന ഒരു നോട്ടം ആയിരിക്കേയില്ല മറിച്ച് എന്താ മറിച്ച് നമുക്കറിയാം പത്രോസൈ ആ നോട്ടം കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്തു അവൻ അതിൻ്റെ മുൻഭാഗം മാനസാന്തരപ്പെട്ടു ഈ ഭാഗം ഒരിക്കൽ വായിക്കുമ്പോൾ ഞാൻ അതിൻ്റെ താഴെയുള്ള മറ്റൊരു വാക്യം ശ്രദ്ധിക്കാനായിട്ടടയായി ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല അത് കഴിഞ്ഞ് പത്ര ദിവസം മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞേക്ക് അറുപത്തൊന്ന് അറുപത്തിരണ്ടോ വാക്യങ്ങൾ കഴിഞ്ഞ് അറുപത്തി മൂന്നാമത്തെ വാക്യം കണ്ടോ യേശുവിനെ പിടിച്ചവർ അവനെ പരിഹസിച്ച് കണ്ണുകെട്ടി തല്ലി എന്ന് വെച്ചാൽ ഏ പിശാചി രംഗത്തിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കുക സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ കർത്താവ് എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചപ്പോൾ കർത്താവ് ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു കുഴപ്പക്കാരൻ ഉടനെ മാനസാന്തരപ്പെട്ടു ഇനിയും കർത്താവ് അടുത്ത് ഇനി മഹാപുരോഹിതനെയോ വല്ലതും തിരിഞ്ഞ് നോക്കി അയാളൂടെ മാനസാന്തരപ്പെട്ടു അല്ലെ പീലാത്തോസ് മാനസാന്തരപ്പെട്ടെങ്കിൽ എന്തു ചെയ്യും എന്ന് പിശാജ് വിചാരിച്ച് കാണും ഉടനെ തന്നെ പിശാജ് എന്തോ ചെയ്തു തൊട്ടടുത്ത വാക്യത്തിൽ അവൻ്റെ കണ്ണ് കെട്ടി ഇനി ഇവനാരെയും നോക്കി ഈ ആർദ്രമായ നോട്ടത്തോടെ ഒരാളുടെ ഹൃദയത്തെ പോലും സ്പർശിക്കരുതെന്ന് വിചാരിച്ച് കണ്ണുകെട്ടി തല്ലി എന്ന് നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവര് നമുക്ക് പത്രോസിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ വിഷയം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ചയുടെ ദിവസങ്ങളിലൊക്കെയും എവിടെയൊക്കെ നമ്മൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ തള്ളി പറഞ്ഞിട്ടില്ല പക്ഷേ കർത്താവിൻ്റെ കൽപ്പനകൾ നമുക്ക് കിട്ടിയ ബോധ്യത്തിനനുസരിച്ച് അതിനൊപ്പം ചുവട് വയ്ക്കാൻ കഴിയാഞ്ഞ ഓരോ രംഗങ്ങളിലും നമ്മൾ പത്രോസിനെ പോലെ അവനെ തള്ളി പറയുക ചെയ്തത് കേട്ടുകൊണ്ട് കർത്താവ് നിൽക്കുന്നുണ്ട് ആ കർത്താവ് നമ്മളെ ദേഷ്യപ്പെട്ടു നോക്കുന്നു എന്നാണോ ചെറുപ്പക്കാരാ നീ ഇപ്പം ചിന്തിക്കുന്നത് കുഞ്ഞെ നീ ഇപ്പം ചിന്തിക്കുന്നത് അല്ല കർത്താവിൻ്റെ ആർദ്രതയോടെയുള്ള നോട്ടം ആ സ്നേഹത്തോടെയുള്ള നോട്ടം അത് ഇന്ന് രാവിലെ ഒന്ന് കണ്ടാൽ നമ്മുടെ മനസ്സലിയും നമ്മൾ പത്രോസിനെ പോലെ അതിദുഃഖത്തോടെ പുറത്തുപോയി കരയുകയും മനസാന്തരപ്പെടുകയും ചെയ്യും അത് നിന്നെ വീണ്ടും ഈ സ്നേഹത്തിൻ്റെ മേശയിൽ പങ്കാളിയാക്കാൻ കർത്താവിനെ അത് മതി പത്രോസിൻ്റെ ജീവിതത്തിലെ രണ്ടാമത് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്താനായിട്ട് കർത്താവ് ചെയ്ത മറ്റൊരു കാര്യം നമുക്ക് നോക്കാം മർക്കോസിൻ്റെ സുശേഷം പതിനാറാമത്തെ അധ്യായം മർക്കോസിൻ്റെ സുശേഷം പതിനാറാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ ക്രൂശിച്ചു കർത്താവ് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ശബത്ത് കഴിഞ്ഞ് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ ഇതാ സ്ത്രീകൾ കർത്താവിൻ്റെ ആ ശരീരത്തെ പോശേണ്ടതിന് സുഗന്ധവർഗ്ഗം വാങ്ങിക്കൊണ്ട് കർത്താവിൻ്റെ കല്ലറയിലേക്ക് ചെല്ലുക ഇതുപോലെ ഒരു ആഴ്ചവട്ടത്തിൻ്റെ ആദ്യത്തെ ദിവസം സ്ത്രീകൾ അവർ സ്നേഹത്തോടെ അവരുടെ കയ്യിലുള്ള അഞ്ചും പത്തും ചെറിയ തൊട്ട് കാശികളൊക്കെ കൂടെ ചേർത്ത് വെച്ച് അവരവരെ കൊണ്ട് വാങ്ങാവുന്ന ഏറ്റവും വലിയ സുഗന്ധവർഗ്ഗം വാങ്ങിക്കൊണ്ടായിരിക്കാം ഈ സ്ത്രീകൾ ചെന്നത് അവരെ ഓരോരുത്തരെ കുറിച്ചും എടുത്ത് പറയാനുണ്ട് നമുക്കതിൻ്റെ സമയമില്ല മഗ്നലക്കാര്യത്തി മറിയാം യാക്കോബിൻ്റെ അമ്മ അറിയുക ശലോമ ഏ ഇവർ മൂന്ന് പറഞ്ഞ പേര് പറയുന്നു അവർ പോകുമ്പോൾ അവർ അവർക്കൊരു പേടിയേ ഉള്ളൂ എന്താ നമ്മളവിടെ ചെല്ലുമ്പോൾ ഈ കല്ല് ആരുട്ടിക്കളയും അന്നത്തെ ശവക്കല്ലറകൾ നമ്മ ഇന്നത്തേതുപോലെയല്ലല്ലോ താഴേക്ക് ഭൂമിയിലേക്കല്ല കുഴി മറിച്ച് എന്താ ഒരു മലയുടെ ചരിവിലോ ഒരു പാറയുടെ ചരുവിലോ വെട്ടി ഉള്ളിലേക്കൊരു ഗുഹ പോലെയുള്ള ആ നിലയിലുള്ള ശവക്കല്ലറകൾ അതിനകത്താണ് മൃതദേഹം വെക്കുന്നത് എന്നിട്ട് ആ ഗുഹ പോലുള്ള കല്ലറയുടെ വാതിൽ ഒരു ഉരുണ്ട കല്ല് ഉരുട്ടി വെച്ച് അത് അങ്ങനെ അടച്ചു വയ്ക്കും ആരെങ്കിലും അവിടെ ചെന്ന് ഈ മൃതദേഹം കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരെന്ത് ചെയ്യണം ആദ്യം അവരെ ഈ കല്ല് പലരും ചേർന്ന് ഉരുട്ടി മാറ്റിയിട്ട് വേണം അകത്ത് കയറാൻ ഈ സ്ത്രീകൾ പാവപ്പെട്ട സ്ത്രീകൾ പോകുമ്പോൾ അവരുടെ പ്രശ്നം അതാ ആര് നമുക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടിക്കളയും ചെന്നു ചെന്നു നോക്കിയപ്പോൾ ആരോ അവരുടെ പ്രാർത്ഥന കേട്ട് ചെയ്തതുപോലെ ആ കല്ല് ഉരുട്ടിയൊക്കെ മാറ്റിയിരിക്കുന്നു ഉരുട്ടിക്കളഞ്ഞതായിട്ട് കണ്ടു ആ കല്ലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ പതിനാറിൻ്റെ നാല് അതേറ്റവും വലിയതായിരുന്നു ഈ കൊ സ്ത്രീകൾ വിചാരിച്ചാൽ ഉരുട്ടി മാറ്റാനൊക്കാതവണ്ണം വലിയ കല്ലായിരുന്നു ഇതൊക്കെ ഇവർ നേരത്തെ കണ്ടിട്ടുണ്ട് അവർ വീണ്ടും അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതാ ആരോ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു ഇവരെ കർത്താവിനെ കാണാനായിട്ട് ചെല്ലുന്നു നമുക്ക് ആ സംഭവം അറിയാം ഞാൻ വിശദീകരിക്കുന്നില്ല അവിടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം അവരോട് പറഞ്ഞിട്ട് ആ ദൂതൻ എന്ത് പറയുന്നു നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസനോടും അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നു എന്ന് പറവീൻ അവൻ നിങ്ങളോട് പറഞ്ഞതുപോലെ അവിടെ അവനെ കാണും എന്ന് പറവീൻ എന്ന് പറഞ്ഞു എരിശലാണ് ഈ നിലയിലെ പെരുന്നാളും ആഘോഷിക്കാനായിട്ടൊക്കെ ഇവരെത്തിയത് അങ്ങനെ എത്തിയപ്പോഴാണ് അവിടെ വെച്ചാണ് കർത്താവിനെ പിടിക്കുകയും അവിടെ എരിശിലേമിൽ ആ ഗോൽഗോഥാ മലയിൽ കർത്താവിനെ ക്രൂശിക്കുകയും അരിമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്തു ഈ അടക്കമെല്ലാം കഴിഞ്ഞിട്ട് ഈ ശിഷ്യന്മാരും ഒക്കെ ആ എരിശിലേമിൽ തന്നെ എവിടെയൊക്കെയോ ആ പുറം ലോകത്തു നിന്ന് മാറി ആരുടെയും കണ്ണിൽ പെടാതെ ശ്രദ്ധയിൽപ്പെടാതെയൊക്കെ അണ്ടർഗ്രൗണ്ടിൽ എവിടെയൊക്കെയോ അവിടെ തന്നെ ഉണ്ട് പക്ഷേ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്ത് വേണം നിങ്ങൾ ഗലീലേക്ക് മടങ്ങിപ്പോണം ഇവിടെ നിന്ന് യഹൂദ്യ ശമരിയ അതിനപ്പുറത്ത് ഗലീല അവിടേക്ക് അവർ മടങ്ങിപ്പോണം അവിടെ വെച്ച് കർത്താവ് അവരെ കാണും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീകളോട് പറയുന്നു നിങ്ങൾ പോയി എന്തോ ചെയ്യണം ഈ ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് അവരോട് പറയണം നിങ്ങൾ മടങ്ങിപ്പോവും കർത്താവ് ഉയർത്തെഴുന്നേറ്റു കർത്താവ് നിങ്ങളെ സന്ദർശിക്കും നിങ്ങളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ ഗലീലേക്ക് വേഗം തിരക്കിട്ട് പൊക്കോളാൻ കർത്താവിൻ്റെ ഒരു ദൂതൻ ഈ നിലയിൽ ഞങ്ങളോട് പറഞ്ഞയച്ചതാണ് എന്നാണ് അവർ ചെന്ന് പറയേണ്ടത് അവർ ചെന്ന് പറയുമ്പോൾ പക്ഷേ കണ്ടോ ഞാനാ പറയാൻ ആഗ്രഹിച്ചത് ഏഴാമത്തെ വാക്യത്തിൽ നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രൂസിനോടും അവൻ്റെ ശിഷ്യന്മാരോട് പറവീൻ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു പത്രോസിനോടും ആൻ പീറ്റർ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തിനാ എന്തിനാ പ്രത്യേകമെടുത്ത് പറഞ്ഞത് നമുക്ക് കാര്യങ്ങൾ ഊഹിക്കാം ഇതെല്ലാം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു അവൻ ഒരളവിൽ ആ രംഗത്ത് ദുഃഖത്തോടെ കരഞ്ഞു അവന് കുറ്റബോധത്തോടെ ഇരിക്കുകയാണ് ഇതിനൊക്കെ ശേഷവും ഇതാ പത്രോസും യാക്കോവും യോഹന്നാനും കുറച്ച് ശിഷ്യന്മാരും അവിടെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീകൾ ചെന്ന് ഈ കാര്യം പറയുന്നത് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക അവർ പറയും ഓ നിങ്ങൾ പേടിക്കണ്ട കർത്താവ് കർത്താവ് പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു ഞങ്ങളിന്ന് രാവിലെ അവിടെ പോയായിരുന്നു കല്ല് മാറ്റിയിട്ടുണ്ട് അവിടെ ഒരു ദൂതനിരുപ്പുണ്ട് ദൂതൻ പറഞ്ഞു നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു കർത്താവ് ഉയർത്തെന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു സന്ദേശം പറയാൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗലീലിക്ക് പൊക്കോളാൻ പറഞ്ഞു അവിടെ വെച്ച് കർത്താവ് കാണുമെന്ന് പറഞ്ഞു ശിഷ്യന്മാരോടും പ്രത്യേകിച്ച് പത്രോസിനോടും പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ പത്രോസ് ഇത് കേട്ടോണ്ട് ഏ നമുക്ക് ആരെങ്കിലും ഒന്ന് ഭാവന ചെയ്താലോ പത്രോസ് ഈ കൂട്ടത്തിൽ നിന്ന് ഇപ്പുണ്ട് അവരെ ഒരുപക്ഷെ ആദ്യം പ്രത്യേകിച്ച് പത്രോസിനോട് എന്നുള്ളത് എടുത്ത് പറഞ്ഞില്ല എന്നിരിക്കട്ടെ ഇവർ വന്ന് പറയുക നിങ്ങൾ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഗലിയിലേക്ക് പോകാൻ ഉടനെ യാക്കോബിനും യോഹനാനും ഒക്കെ വലിയ ഉത്സാഹമായി ആ നമുക്ക് പോകാം ഉടനെ പോകാം നമുക്ക് കർത്താവിനെ കാണാമല്ലോ കർത്താവ് പറഞ്ഞ പോലെ ഉയർത്തെഴുന്നേറ്റല്ലോ യാക്കോബും യോഹനാനും മറ്റുള്ളവരും ഒക്കെ വേഗം തയ്യാറെടുക്കുക അവരൊക്കെ തയ്യാറെടുത്ത് തിരിഞ്ഞു നോക്കുമ്പം പത്രോസ് മാത്രം എന്താ വിഷണ്ണനായിട്ട് ഭിത്തിയും ചാരി ഇങ്ങനെ നിൽക്കുക അവർ ചോദിക്കുക പത്രോസേ നീ നോക്കി നിൽക്കാന്നോ വരുന്നില്ലേ ഇപ്പോൾ വണ്ടി പോകും നമ്മുടെ ഭാഷ പറഞ്ഞ ഇപ്പം അങ്ങോട്ടുള്ള ബസ് പോകും വരുന്നില്ലേ പത്രോസിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മളെന്താ പറയും നമ്മൾ പറയും നിങ്ങൾ പൊക്കോ നിങ്ങൾ പൊക്കോ ഞാൻ വരുന്നില്ല അതെന്താ അങ്ങനെ ഞാനെങ്ങനെ അവൻ്റെ മുഖത്ത് നോക്കും അവിടെ വെച്ച് അവൻ അവനുയർത്തെഴുന്നേറ്റും അതൊക്കെ എനിക്കറിയാം പക്ഷേ ഞാൻ നിങ്ങളെപ്പോലല്ല ഞാനെന്താ ഞാനവനെ തള്ളി പറഞ്ഞവന് അത് അവൻ കേൾക്കത്തന്നെ പറഞ്ഞതാണ് അവൻ അന്ന് തന്നെ നോക്കിയൊരു നോട്ടം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എനിക്ക് അതിനുള്ള അർഹതയില്ല നിങ്ങൾ കുഴപ്പമില്ല നിങ്ങളൊക്കെ പൊക്കോ എനിക്കതിനുള്ള അർഹതയില്ല ഞാനിവിടെ ഞാൻ പഴയ മീൻപിടുത്തത്തിനോ വേറെ വല്ല പരിപാടിക്കോ പൊക്കോളാം ഉടനെ സഹോദരിമാർ പറഞ്ഞു അല്ല അല്ല അങ്ങനെയല്ല ശിഷ്യന്മാരോടും പ്രത്യേകിച്ച് പത്രോസിനോടും പത്രോസോടനെ ഏ എന്താ എന്താ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഉടനെ സ്ത്രീകൾ വിശദീകരിച്ച് പറഞ്ഞു കാണൂ നോക്കിയാൽ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ആൻ പീറ്റർ എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ എന്താ കാര്യം തീർച്ചയായിട്ടും പത്രോസിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമുക്ക് ശങ്കകളുണ്ട് ഞാനാരായിരുന്നു എനിക്കെന്തെല്ലാം സാധ്യതകളാണ് ഉണ്ടായിരുന്നത് അതെല്ലാം നഷ്ടപ്പെടുത്തി ഞാൻ കർത്താവിനെ ആ യൂതാ ഈശ്വര്യോത്തയേക്കാളും അധാർമ്മികമായ നിലയിൽ കുറ്റപ്പെടുത്തിയവനാണ് എനിക്കിനിയും ഉയർത്തെഴുന്നേറ്റ കർത്താവുമായിട്ട് എനിക്ക് ബന്ധപ്പെടാനായിട്ട് കഴിയുമോ എനിക്കതിനർഹതയില്ല യാക്കോബും യോഹന്നാനും അവർക്കൊക്കെ ഒക്കെ കാര്യം യോഹന്നാൻ ക്രൂശ്യൻ്റെ ചുവട്ടിൽ നിന്നു അവനൊന്നും തെറ്റായിട്ട് പറഞ്ഞില്ല അമ്മ മറിയേ അവനെയാണ് ഏൽപ്പിച്ചത് തീർച്ചയായിട്ടും യോഹന്നാൻ ചില കാര്യങ്ങൾ കർത്താവിനോട് പറയാനുണ്ടാവും യാക്കോബിന് പറയാനുണ്ടാവും മറ്റു പലർക്കും പറയാനുണ്ടാവും ഞാൻ ഞാനോ എനിക്കെന്താ അർഹത നമ്മൾ പ്രിയപ്പെട്ടവരെ നമുക്ക് അങ്ങനെ ഒരു ഈ ഒരു മനോഭാവം പലപ്പോൾ വന്നിട്ടുണ്ടോ ഇതെല്ലാം എത്രയെല്ലാം കാര്യങ്ങൾ കേട്ടു എങ്ങനെയെല്ലാം കർത്താവ് സ്നേഹിച്ചു എന്നിട്ടും എന്നിട്ടും പക്ഷേ കണ്ടോ പത്രോസിനെ മടക്കി കൊണ്ടുവരാൻ ഈ പത്രോസിൻ്റെ ഈ മനോഭാവം അറിയാവുന്ന കർത്താവ് എന്തോ ചെയ്തു ആ ദൂതൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ശിഷ്യന്മാരോട് പ്രത്യേകിച്ച് പത്രോസിനോട് പറയണം എന്ന് പറഞ്ഞയച്ചു പ്രത്യേകം ഒരു ദൗത്യം പത്രോസിന് നൽകി നമ്മൾ നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനത്തിൽ വളരെ മനോഹരമായ ഒരു ഒരു വാക്യമുണ്ടല്ലോ വളരെ മനോഹരമായ സങ്കീർത്തനങ്ങളിൽ പലപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യങ്ങളിലൊന്നാണ് ആ വാക്യം നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതിനാലാമത്തെ വാക്യം അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു അവൻ നമ്മുടെ പ്രകൃതി പ്രകൃതി എന്നുള്ളത് നേച്ചർ അല്ലെങ്കിൽ ടെമ്പറമെൻറ്റ് നമ്മൾ ഓരോരുത്തരും ഓരോ ടൈപ്പ് ആളുകളാണ് പത്രോസ് എന്താ ഇങ്ങനെ ആയിപ്പോയത് പത്രോസ് പത്രോസ് അങ്ങനെയാണ് പത്രോസ് അങ്ങനെയാണ് പക്ഷേ കർത്താവിനെന്താ ചെയ്യാം കർത്താവ് അവൻ്റെ പ്രകൃതം അറിയുന്നു പ്രകൃതം അറിയുന്നു എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യം അവൻ്റെ പ്രകൃതം അറിഞ്ഞിട്ട് അവനോട് സിമ്പതൈസ് ചെയ്യുകയാണ് അവൻ പൊടി പാവം പൊടി ഡസ്റ്റ് പൊടിയാണ് അവൻ കണ്ടോ കർത്താവിൻ്റെ ഒരു മഹാമനസ്കതയും കാരുണ്യവുമാണ് അവിടെ വെളിവാകുന്നത് അല്ലാതെ ഈ പ്രകൃതം കണ്ടിട്ട് അവനോട് ദേഷ്യപ്പെടുന്നു ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട് നമ്മുടെ പ്രകൃതം നമ്മുടെ കൂ നമ്മളെ അറിയാവുന്ന ഒരാൾക്ക് പോലും ഇഷ്ടമല്ല നമ്മുടെ ആഫീസിലൊരാൾക്ക് ഇഷ്ടമല്ല വീട്ടിലൊരാൾക്ക് ഇഷ്ടമല്ല നമുക്ക് തന്നെ നമ്മുടെ പ്രകൃതം അറിയയില്ല ഇഷ്ടമല്ല നമ്മൾ ചിലപ്പോൾ പറയാറുണ്ടല്ലോ എനിക്ക് തന്നെ എൻ്റെ പ്രകൃതം പിടിക്കാതിരിക്കുക എൻ്റെ അടുത്ത് ഏറെ വർത്തമാനവും കൊണ്ട് വരരുത് ഏഹ് നമുക്ക് തന്നെ നമ്മുടെ നേച്ചറ് പലപ്പോഴും പിടിക്കുന്നില്ല എന്നാൽ നമ്മുടെ നേച്ചറിനെ അതിൻ്റെ എല്ലാ കുഴപ്പങ്ങളോടും കൂടെ മനസ്സിലാക്കിയിട്ടും നമ്മളോട് സിമ്പതൈസ് ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം പത്രോസ് പത്രോസിന് തനിക്ക് തന്നെ ക്ഷമ കൊടുക്കാൻ പത്രോസിനെ കൊണ്ട് നോക്കുകയില്ല കാര്യം ഞാൻ കർത്താവിനെ തള്ളി പറഞ്ഞവനാണ് ഓ ഗലീലയിൽ മറ്റുള്ളവരെ കണ്ടോട്ടെ എനിക്കതിനർഹതയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവനാ അവൻ്റെ പ്രകൃതം അവൻ്റെ പ്രകൃതം അറിഞ്ഞ് കർത്താവ് പ്രത്യേകം ഒരു സന്ദേശം കൊടുത്തയക്കുന്നു ആൻ പീറ്റർ പ്രത്യേകിച്ച് പത്രോസിനോടും പറ പത്രോസിനോട് പറയണം അവനോട് പറയണം അവന് മടിച്ച് നിന്ന് കളഞ്ഞ് നിന്നിരിക്കും അവനോട് മടിച്ച് നിൽക്കരുത് എന്തായാലും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ വന്നോണമെന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു പക്ഷേ ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് പ്രത്യേകിച്ച് പത്രോസിനോട് ഒരു ദൗത്യം കൊടുത്ത് അയക്കുന്നതാണ് നമ്മൾ കാണുന്നത് യുക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ മൂന്നാമത്തെ പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്ന മൂന്നാമത്തെ ഒരു പടി നമ്മളെ കാണുന്നുണ്ട് അതിൻ്റെ ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തിനാലാമത്തെ അധ്യായം അതിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ഷീമോനു പ്രത്യക്ഷനായി എന്ന് കൂടെ ഇരുന്ന് പറയുന്ന പതിനൊരുവരെയും കൂടെയുള്ളവരെയും കണ്ടു ഈ ഈ കാര്യമേതാ ഈ അതായത് എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലിൻ്റെ പതിമൂന്ന് മുതലേ രേഖപ്പെടുത്തിയിരിക്കുന്നത് എം ഹൗസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ അവരെ ഏഴ് നാഴിക നടന്നു പോകുമ്പോൾ കർത്താവും കൂടെ കൂടി അവർക്ക് ബോധ്യങ്ങൾ കൊടുത്തു കർത്താവ് ഉയർത്തെഴുന്നേറ്റം എന്ന് പറഞ്ഞു ആ കാര്യങ്ങൾ അവർക്ക് ബോധ്യം കൊടുത്തു അവരെന്തോ ചെയ്തു അവരെ ഈ എരിശിലേമിലുള്ള അവർ വിട്ടുപോകുന്ന എരിശിലേമിലേക്ക് അവർ മടങ്ങിപ്പോവുക മടങ്ങിപ്പോയി ഈ ശിഷ്യന്മാരോട് പറയണം എന്താ പറയണം കർത്താവ് വാസ്തവമായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയണം ഈ ശിഷ്യന്മാർ എം പോയ രണ്ട് ശിഷ്യന്മാർ മടങ്ങി വന്ന് മറ്റ് ശിഷ്യന്മാരെ കാണുമ്പം അവരെന്തോ പറഞ്ഞോണ്ടിരിക്കുക അവർ നേരത്തെ തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കാര്യം അറിഞ്ഞു അവർ പറയുക കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ഷിമോന് പ്രത്യക്ഷനായി പത്രോസിനൊരു പ്രൈവറ്റായിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് കർത്താവ് കൊടുത്തു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത് എന്നു വെച്ചാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പത്രോസിനെ പ്രത്യേകം കണ്ടു ഇതിൻ്റെ ഡീറ്റെയിൽസ് കർത്താവ് ഈ പത്രോസിനെ വ്യക്തിപരമായിട്ട് കണ്ട് അവനോട് എന്തൊക്കെയാണ് പറഞ്ഞത് അവനെ എങ്ങനെ യഥാസ്ഥാനപ്പെടുത്തി കാണും എങ്ങനെ ധൈര്യപ്പെടുത്തി കാണും ഈ കാര്യത്തിൻ്റെ വിശദാംശങ്ങളൊന്നും നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നില്ല പക്ഷെ ഒരു കാര്യം കാണുന്നുണ്ട് കർത്താവ് എന്തോ ചെയ്തു പത്രോസിനെ പ്രത്യേകമായിട്ട് കണ്ടു എന്തിനാ അങ്ങനെ ചെയ്തത് തീർച്ചയായിട്ടും പത്രോസിൻ്റെ പ്രകൃതമറിയാം പ്രകൃതമറിയാം അവനെ അവനെ തിരിഞ്ഞു നോക്കി അവനെ യഥാസ്ഥാനപ്പെടുത്തി അതുപോലെ തന്നെ അവനെ പ്രത്യേകിച്ച് പത്രോസിനോടും പറയുക എന്ന് പറഞ്ഞ് ആ സ്ത്രീകളുടെ അടുത്ത് പ്രത്യേക സന്ദേശം കൊടുത്തയച്ചു അതുകൂടാതെ കർത്താവ് തന്നെ ഷിമോന് ഒരു വ്യക്തിപരമായ ഒരു പ്രത്യക്ഷത നൽകി എന്നാണ് നമ്മളിവിടെ കാണുന്നത് ഇത് ഇവിടെ എന്താണ് നടന്നതെന്ന് സത്യത്തിൽ നമുക്കറിഞ്ഞുകൂടാ പക്ഷേ ഷിമോന് പ്രത്യേകം പ്രത്യക്ഷമായി എന്നുള്ള കാര്യം അന്നത്തെ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു അല്ലെങ്കിൽ നോക്കുക ഒന്ന് കുരിന്തിയർ ഒന്ന് കൊരിന്തിയർ പതിനഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പിന്നീട് പിന്നീട് സഭയിലേക്ക് വന്ന പൗലോസ് ഈ രംഗത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് പതിനഞ്ചിൻ്റെ അഞ്ചിൽ കെഫാവിനും കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു തിരുവിഴുത്തുകളിൻ പ്രകാരം മൂന്ന് നാല് അഞ്ച് വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ടു തിരുവഴുത്തുകളിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഉയർത്തെഴുന്നേറ്റിട്ട് എന്തോ ചെയ്തു കേഫാവിനും പിന്നെ പന്തിരിവർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് പൗലോസ് ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ച് തന്നുവല്ലോ എന്നാണ് പൗലോസ് പറയുന്നത് പൗലോസ് പിന്നീട് താരതമ്യേനെ ഇതെല്ലാം കഴിഞ്ഞ് കർത്താവുമൊക്കെ പോയി കഴിഞ്ഞ് വന്ന ആളാണ് ഈ പൗലോസ് പക്ഷെ പൗലോസ് അവിടെയൊക്കെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു സ്റ്റഡി നടത്തി എന്തൊക്കെയാണ് ഇവിടെ നടന്നത് കാര്യങ്ങളെല്ലാം അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് പൗലോസിനെ കാര്യങ്ങൾ മനസ്സിലായി എന്താ ആദ്യം കേഫാവിനും പിന്നാണ് പന്തിരിവർക്കും കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് പ്രത്യക്ഷനായത് എന്നാലും കേഫാവുമായിട്ട് പത്രോസുമായിട്ട് ശിവോനുമായിട്ട് നടത്തിയ ഈ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഒരു വിവരവും ഇല്ല നമ്മളൊരു ദിവസം അവിടെ ചെന്ന് പത്രോസിനെ കാണുമ്പോൾ ചോദിക്കാൻ എനിക്ക് ആഗ്രഹമുള്ള ഒരു കാര്യം ഇതാണ് പത്രോസെ നിനക്കൊരു പ്രൈവറ്റ് ഒരു ഒരു ഇൻ്റർവ്യൂ കർത്താവ് അനുവദിച്ചല്ലോ എന്ത് വരുന്നു അന്ന് പറഞ്ഞത് ഏഹ് മറ്റു പലതിൻ്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എം ഓസിലേക്ക് പോയ ശേഷിമാരോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ കെ ഫാവിനോട് പറഞ്ഞു കാണും എന്ത് പറഞ്ഞിരിക്കില്ല നമുക്കറിയില്ല നമുക്കറിയില്ല നമുക്ക് കാത്തിരിക്കാം ഒരു ദിവസം ഞാൻ പറയാൻ വന്നത് ഇതാ പത്രെ പ്രത്യേകമായിട്ട് കർത്താവ് കാണുകയും അവനെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്നു ഏഹ് നമ്മൾ കാണാൻ പോകുന്നത് യോഹന്നൻ്റെ സുവിശേഷം ഒടുവിലത്തെ അധ്യായത്തിൽ പത്രോസിനെ മടക്കി കൊണ്ടുവരുന്ന മറ്റ് പടികളെക്കുറിച്ചാണ് ഇങ്ങനെയെല്ലാം താൻ ഉയർത്തെഴുന്നേറ്റു എന്ന ബോധ്യം നൽകിയിട്ടും പത്രോസ് എന്തോ ചെയ്യുന്നു പത്രോസ് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു മറ്റുള്ളവരും അവനെ പിന്തുടർന്നു പോകുന്നു ഇരുപത്തി വളരെ മനോഹരമായ ഒരു അധ്യായമാണ് നമ്മൾ വായിച്ചാൽ പിന്നെയും പിന്നെയും വായിച്ചു പോകുന്ന ഒരധ്യായം വളരെ വിഷ്വലുകളായ വിഷ്വൽസൊക്കെയുണ്ട് നേരം സന്ധ്യയാകുന്നു നേരം പുലർച്ചെയാകുന്നു മഞ്ഞു പെയ്യ് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഭാവന ചെയ്യാവുന്നതുപോലെ വളരെ മനോഹരം പടകുകൾ വരുന്നു കർത്താവ് കരയിൽ നിൽക്കുന്നു ഏ ഒത്തിരി ഒത്തിരി വിഷൽ എഫക്റ്റ് ഉള്ളൊരു അധ്യായമാണ് ഇരുപത്തിയൊന്നാം അധ്യായം യോഹന്ദൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇവിടെ ഇതാ ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു എന്നാൽ കർത്താവ് ഈ തന്നെ വിട്ടുപോയ ശിഷ്യനു വേണ്ടി ശിഷ്യന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച് ആ വിട്ടുപോകാൻ നേതൃത്വം കൊടുത്ത കേഫാവിന് വേണ്ടി പത്രോസിനു വേണ്ടി കർത്താവെന്താ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആ കടൽ തീരത്ത് കാത്തു നിൽക്കുകയാണ് കടൽ തീരത്ത് കാത്തുനിൽക്കുന്നത് ഈ കടൽ തീരത്ത് കാത്തു നിൽക്കുന്നതിനെക്കുറിച്ച് ഒരു ഒരു വേദപണ്ഡിതൻ ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇവർ മീൻ പിടിക്കാനായിട്ട് പോയപ്പോൾ മുതൽ കർത്താവ് അവിടെ നിൽക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് തൻ്റെ മക്കൾ ഒരു പിതാവ് മക്കളെല്ലാം കൂടെ വഴക്കുണ്ടാക്കി അവരവരുടെ വഴിക്ക് പോകുമ്പം സത്യത്തിൽ ഒരു പിതാവ് എന്തു ചെയ്യും പിതാവ് വാതുക്ക വന്ന് ഗേറ്റിൽ വന്ന് അവരെ നോക്കി അന്നേരം മുതലേ കാത്ത് നിൽക്കുന്നത് പോലെ ഇവിടെ ഇതാ തൻ്റെ ശിഷ്യന്മാർ പഴയ ആ തൊഴിലിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ഈ ഗലീല കടൽപ്പുറത്ത് കർത്താവ് ഇവരൊരു സന്ധ്യയ്ക്കായിരിക്കും മീൻ പിടിക്കാൻ പോയത് അവിടുത്തെ രീതി അനുസരിച്ച് രാത്രി മുഴുവനാണ് അവർ അധ്വാനിക്കുന്നത് ഇന്നും ആലപ്പുഴയൊക്കെയുള്ള നമ്മുടെ സൗകര്മാരോട് കടലിൽ പോകുന്ന സൗകരന്മാരോട് നിങ്ങൾ സംസാരിച്ചാലറിയാം മീൻ പിടിക്കാൻ പോകുന്നത് ആ നിലയിലാണ് പുലർച്ചെ വരെ മീൻ പിടുത്തമാണ് കഷ്ടപ്പാടുള്ള ജോലിയാണ് അതെല്ലാം കഴിഞ്ഞ് പുലർച്ച അവരൊരു തോണി നിറയെ മീനുമായിട്ട് മീനുമായിട്ട് വരുമ്പോൾ കടൽ തീരത്ത് ആളുകൾ മീൻ വാങ്ങിക്കാനായിട്ട് കാത്തു നിൽക്കും ഇതോടനെ രാവിലെ വിറ്റ് അങ്ങനെയാണ് അവിടുത്തെ ഒരു സാധാരണ കടൽപ്പുറത്തെ ഒരു രീതി എന്ന് പറഞ്ഞതുപോലെ ഇവർ പുലർച്ചെ ഇവർ മീനുമായിട്ട് വരും അങ്ങനെയാണ് രീതി ഇവരെല്ലാം വിദഗ്ധരായ മുക്കുവന്മാരാണ് ആരും മോശക്കാരൊന്നുമല്ല പക്ഷേ ഇത്തവണത്തെ മീൻ പിടുത്തതിന് പോയപ്പോൾ എന്താ പുലർച്ചെ വരെ അധ്വാനിച്ചു ഒരു ഒരു ഏ ഒരു കുട്ടിപ്പൂശാനെ പോലും എന്തുവാ ഏറ്റവും ചെറിയ മീനിൻ്റെ പേരെന്താകും അതിനെപ്പോലും കിട്ടിയില്ല അതിനെപ്പോലും കിട്ടിയില്ല അതിനെപ്പോലും കിട്ടാതെ ഇവരാരാണ്ട് ആലപ്പുഴയ്ക്ക് പോയ പോലെ ഇവർ മടങ്ങി വരിക ഏഹ് ഇവരെല്ലാം മടങ്ങി വരിക മടങ്ങി വരുമ്പോൾ ഒരാൾ ആ കരയിൽ കാത്തു നിൽപ്പുണ്ട് എത്ര വട്ടം ഇതിനു മുമ്പ് ഇവരോടൊപ്പം ഈ കടൽക്കരയിൽ നിന്നവനാണ് കർത്താവ് ഈ കർത്താവ് ഇവർ പോയപ്പം മുതലൊരു പക്ഷേ കാത്തു അങ്ങനെയാണ് കാത്തുനിൽന്നതെങ്കിൽ ഈ രാത്രിയിലെ മുഴുവൻ തണുപ്പും സഹിച്ച് ഈ രാത്രിയിലെ മഞ്ഞ് വീഴ്ച മുഴുവൻ സഹിച്ച് രാവിലെ പുലർച്ചെ സൂര്യൻ ഉദിച്ച് ആ സൂര്യൻ ഉദിച്ച് വരുമ്പം ആ കടലിലേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന കർത്താവിൻ്റെ നേരെ ഈ സൂര്യപ്രകാശം വീഴുമ്പോൾ അവൻ്റെ മുടിനാരിഴകളിലും ആ താടിമീശയുടെ രോമങ്ങളിലുമൊക്കെ മഞ്ഞ് കണങ്ങൾ മിന്നുണ്ടാവാം ഏഹ് അറിയാവുന്ന ആരെങ്കിലും അങ്ങനെ പടം വരയ്ക്കാൻ താല്പര്യമുണ്ടോ ഞാനീ പറയുന്നതൊക്കെ കേട്ട് പ്രിയപ്പെട്ടവർ അങ്ങനെയൊക്കെ ആയിരിക്കാം കർത്താവ് നിന്നത് ഇവർ തോണിയുമായിട്ട് വരിക വരുമ്പോൾ കാത്തു നിൽക്കുക സഹോര വിട്ടുപോയാലും നിന്നെയും നിന്നേ പോനാൽ പോകട്ടും പോടാ എന്ന് പറഞ്ഞ് നിഷേധിക്കാതെ കാത്തു നിൽക്കുന്ന ഒരു കർത്താവ് അതാണ് ആ നാലാമത്തെ കാര്യം ആ രാത്രി മുഴുവൻ കർത്താവ് കാത്തു നിന്നു അഞ്ചാമത്തെ കാര്യം അഞ്ചാമത്തെ കാര്യം യേശു അവരോട് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു കാത്തു നിൽക്കുക മാത്രമല്ല അതിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പം കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു അവർക്ക് എന്ത് എന്ത് ചെയ്തു രാത്രി മുഴുവൻ അധ്വാനിച്ച മുക്കുവരാണ് രാത്രിയുടെ കഷ്ടപ്പാടുകളെല്ലാം അറിഞ്ഞ് ഏഹ് കടലിലെങ്ങും ഒന്ന് തൊണ്ട നനയ്ക്കാനൊരു ചായക്കടയൊന്നുമില്ല കടലിലൊന്നുമില്ല ഏഹ് ഒന്നുമില്ല ഒരു വെള്ളം പോലും കിട്ടാതെ വരിക വെള്ളമാണ് കടലിലെല്ലാം പക്ഷേ ആ വെള്ളം ഒന്നും അവർക്ക് പ്രയോജനപ്പെടുകയില്ല മടങ്ങി വരിക ഏഹ് ഒരു വളരെ വിശപ്പുണ്ടാവും ഈ കാര്യം കർത്താവ് നേരത്തെ തന്നെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുക അവർക്ക് വേണ്ടി ഒരു പ്രഭാത ഭക്ഷണം അവർക്ക് വേണ്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയാണ് കർത്താവ് നിൽക്കുന്നത് ഇത് എന്ത് സ്നേഹമാണ് ഇതൊരമ്മയുടെ സ്നേഹമാണ് അല്ലേ നേരത്തെ നമ്മൾ പിതാവിൻ്റെ സ്നേഹം പറഞ്ഞെങ്കിൽ ഇതൊരമ്മയുടെ സ്നേഹമാണ് ഓ മക്കൾ വരും അവർക്ക് വേണ്ടി അവർ വന്നാൽ ആ ട്രെയിനിലൊക്കെ പിള്ളേർ വിശന്നൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞ് അമ്മമാർ വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രഭാത ഭക്ഷണമൊക്കെ റെഡിയാക്കി വ ഇനി കൈ കഴുകുക എന്ന് പറയുന്ന പോലെ കർത്താവ് കാത്തു നിൽക്കുക ഏത് കുഞ്ഞുങ്ങൾ ഏത് ശിഷ്യന്മാർ തന്നെ വിട്ടുപോയ തന്നെ ഇവരെ വിളിച്ചത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞ് ഒരു വലിയ ദൗത്യം കൊടുത്ത് കേഫാവേ ഇത് ഞാൻ നിൻ ഇത് സഭയെ പണിയും എന്നൊക്കെ വലിയ ദൗത്യം കൊടുത്ത് വിളിച്ച ആളുകൾ അവർ തന്നെ ആ ദൗത്യം വിട്ട് മടങ്ങിപ്പോയപ്പോൾ പിന്മാറിപ്പോയ അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കർത്താവ് ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മൾ പലപ്പോഴും ആണെങ്കിൽ നമ്മളാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് കർത്താവിൻ്റെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ വരട്ടെ ഇവനോടൊക്കെ രണ്ട് വാക്ക് സംസാരിച്ച് ഇവനെയൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പിന്നാട്ട് ഭക്ഷണത്തിൻ്റെ കാര്യം എന്നല്ലേ നമ്മൾ വിചാരിക്കുകയുള്ളൂ ഫസ്റ്റ് തിങ് ഫസ്റ്റ് ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇവർ വെച്ചെന്നാണ് വരുന്നത് അവർക്ക് അവരുടെ ശാരീരിക ആവശ്യത്തെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള ആ ഒരു കരുതലാണ് കർത്താവിനുള്ളത് നമ്മളാണെങ്കിലൊരു സൂപ്പർ സ്പിരിച്വൽ കാഴ്ചപ്പാടി പറയും ആദ്യം ഇവനെയൊക്കെ മാനസാന്തരപ്പെടുത്തി മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും പ്രഖ്യാപിച്ചിട്ട് പിന്നെ കഴിക്കുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം എന്നല്ലേ നമ്മൾ പറയുകയുള്ളൂ കർത്താവ് വളരെ വ്യത്യസ്തന വളരെ ഡൗൺ ടു എർത്ത് വളരെ പ്രാക്ടിക്കൽ ഈ കർത്താവിനെ കർത്താവിൻ്റെ തനിമയിൽ കണ്ടാൽ നമുക്ക് സ്നേഹിക്കാതിരിക്കാനൊക്കെയില്ല പലപ്പോഴും ഈ സുവിശേഷങ്ങളൊക്കെ അങ്ങ് ബ്ലഡായിട്ട് ഇതൊക്കെ അങ്ങ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ ബാക്കി ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഈ വാചകങ്ങളിലേക്ക് ചെന്ന് നമ്മൾ ആ രംഗങ്ങളുടെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം എന്നാലേ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ കർത്താവ് കാത്തു നിൽക്കുക അവരോടൊരു കുറ്റപ്പെടുത്തൽ പറയുന്നില്ല വന്ന് വന്ന് കഴിക്കുക ഇതാ കരയിൽ കർത്താവ് ഭക്ഷണവുമായിട്ട് കാത്തു നിൽക്കുന്നു അവിടെ രസകരമായ വേറൊരു കാര്യമുണ്ട് ഇവിടെ കണ്ടോ അതിൻ്റെ ഒൻപതാമത്തെ വാക്യം കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ഈ ശിഷ്യന്മാർ കരയ്ക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വച്ചിരിക്കുന്നതും ഒപ്പവും കണ്ടു ഈ തീക്കനല് പത്രോസ് കണ്ടപ്പം പത്രോസ് എന്തോ ഓർത്ത് കാണും ഒരു തീക്കനലും ഒരു തീവട്ടവുമായിട്ട് അവനൊരു നേരത്തെ ഒരു ബന്ധമുണ്ട് അത് നമ്മൾ എവിടെയാ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലാണ് നമ്മൾ മുംബൈ ഭാഗത്ത് വന്നല്ലോ പത്രോസും അവരുടെ ഇടയിലിരുന്നു അവൻ തീവട്ടത്തിനരികെ ഇരിക്കേ ഒരു ബാല്യക്കാര്യത്തെ കണ്ടവനെ ഉറ്റുനോക്കി ഇവനും അവനോട് കൂടെയുള്ളവർ അല്ലയോ എന്ന് ചോദിച്ചു പത്ര ദിവസം ആദ്യത്തെ തള്ളിപ്പറച്ചിൽ നടത്തിയത് എവിടെ ഇരുന്ന ഒരു കനലിൻ്റെ അടുത്തിരുന്ന ഒരു തീവട്ടത്തിരുന്ന കർത്താവ് അവനെ അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനും ഒരു തീവട്ടം തയ്യാറാക്കി കാത്തു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര എത്ര ഭംഗിയായിട്ടാണ് കർത്താവ് ഇത് ചെയ്തത് അവൻ മടങ്ങി വന്നു ഈ തീവട്ടം കാണുമ്പോൾ ഈ തീക്കനൽ കാണുമ്പോൾ പത്ത് ദിവസം പഴയത് ഓർത്ത് പോവുക ഇതുപോലൊരു തീവെട്ടത്തിരുന്നാണ് ഞാൻ എന്തു ചെയ്തത് കർത്താവിനെ തള്ളി പറയാൻ തുടങ്ങിയത് എന്നവന് ഓർത്ത് കാണും കർത്താവ് ആ കാര്യങ്ങളെല്ലാം ആ നിലയിൽ ക്രമീകരിച്ച് വേണ്ടി ഭക്ഷണം ക്രമീകരിക്കുന്നു നമുക്ക് യോഹനൻ്റെ അസോസിയേഷൻ ഇരുപത്തൊന്നിലേക്ക് മടങ്ങി വരാം അതിൻ്റെ ആറാമത്തെ ആറാമത്തേതായിട്ടുള്ള അവനെ പ്രത്യാനയിക്കുന്ന അവനെ മടക്കി കൊണ്ടുവരുന്ന പടിയെന്ന് പറയുന്നത് കർത്താവ് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് പതിനഞ്ച് മുതൽ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട് ഇനി പത്രോസിനോട് നേരിട്ട് കർത്താവ് അതിനെ അഭിമുഖീകരിക്കുക യോഹന്നൻ്റെ മകനായ ശിമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ഉടനെ കർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക നീ എന്നെ സ്നേഹിക്കുന്നുവോ പ്രിയമുണ്ട് ഉടനെ മൂന്നാമത് പതിനേഴാം വാക്യത്തിൽ പ്രിയമുണ്ടോ അപ്പോൾ പത്രോസ് അവിടെ ഇവിടെ മലയാളത്തിൽ വളരെ മനോഹരമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുക ഇംഗ്ലീഷിൽ സാധാരണ നമ്മൾ എന്തെങ്കിലും മലയാളത്തിലെ ഇത് പറഞ്ഞു വെച്ച് ഇംഗ്ലീഷിലാ കൂടുതലും നല്ലതും നമ്മൾ സാധാരണ പറയാറുള്ളത് എന്നാൽ ഇവിടെ മലയാളത്തിലാണിത് ഏറ്റവും ഭംഗിയായിട്ട് പറഞ്ഞിട്ടുള്ളത് കാരണം സ്നേഹം എന്നുള്ളതിന് രണ്ട് പദപ്രയോഗങ്ങൾ അതായത് ഗ്രീക്കിലെ രണ്ട് പദങ്ങളാണല്ലോ അകപ്പേ അകപ്പേ ലവ് എന്ന് പറഞ്ഞാൽ അതാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും സൂപ്പർലേറ്റീവ് ഏറ്റവും ഉദാത്തമായ പടി സ്നേഹം സ്നേഹം എന്നാൽ കർത്താവ് ഇവനോട് ആദ്യം ചോദിക്കുന്നത് എന്താ നിനക്ക് പത്രോസെ എന്നോട് അകപ്പേ ലൗ ഉണ്ടോ അപ്പോൾ പത്രോസ് പത്രോസിനറിയാം അകപ്പേ ലൗ എന്നു വെച്ചാൽ ഏറ്റവും വലിയ സ്നേഹം പത്രോസ് ആൾ സത്യസന്ധന അതുകൊണ്ട് അവൻ ചാടിക്കേറി കർത്താവ് എനിക്കുണ്ട് ഉണ്ട് അകപ്പേ ലൗ ഉണ്ട് എന്നൊന്നും അവൻ അവൻ പറയുന്നില്ല മറിച്ച് അവൻ എന്താ പറയുന്നത് അവൻ തന്നെ തന്നെ ഒന്ന് ചോദന ചെയ്ത് കാണും എന്നിട്ട് അവൻ പറയുന്നു കർത്താവ് എനിക്ക് നിന്നോട് ഫിലോ ഉണ്ട് അകപ്പേ ലവ് ആണ് കർത്താവ് ചോദിച്ചത് അതിൻ്റെ തൊട്ട് താഴെയുള്ള പടിയാണ് അതും ഒരു സ്നേഹമാണ് ആ സ്നേഹത്തെ മലയാളത്തിൽ ഇതാ പ്രിയം എന്ന് രേഖപ്പെടുത്തിയിരിക്കും ഇംഗ്ലീഷ് ബൈബിളിൽ രണ്ടും എന്താ ലൗ ലൗവ് എന്നൊറ്റോ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ സ്നേഹവും പ്രിയവും സ്നേഹത്തിൻ്റെ അത്രയും വരികയില്ല പ്രിയം എനിക്ക് നിന്നോട് പ്രിയമുണ്ട് പ്രിയമുണ്ട് ഉടനെ കർത്താവ് രണ്ടാമതും ചോദിക്കുന്നു പത്രോസേ നിനക്കെന്നോട് അകപ്പേ ലവ് ഉണ്ടോ ഉടനെ പത്രോസ് പിന്നെയും ഒന്നോടൊന്നാലോചിച്ച് അന്നേരവും അവന് ധൈര്യമില്ല അവൻ പറഞ്ഞു കർത്താവ് എനിക്കെന്തോ ഉണ്ട് എനിക്ക് പ്രിയമുണ്ട് ഉടനെ കർത്താവ് മൂന്നാമത്തെ ചോദ്യം ആട്ടെ ശരിക്കും നിനക്ക് പ്രിയമെങ്കിലും ഉണ്ടോ അപ്പോൾ പത്രോസ് അവിടെ തകർന്നു അവിടെ പൊട്ടിക്കരയാണ് പത്രോസ് ദുഃ ദുഖിച്ചു കർത്താവ് നീ സകലും അറിയുന്നു എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു പ്രിയമുണ്ട് പക്ഷേ അതുപോലും കാണിക്കാനൊക്കാത്തവണ്ണം ഫീരുവായ ഒരാളാണ് ഞാൻ എല്ലാം അറിയുന്നു എനിക്ക് നിൻ്റെ മുമ്പാകെ ഒന്നും മറയ്ക്കാനായിട്ടില്ല എന്ന് പറയുന്നു മൂന്ന് ചോദ്യങ്ങൾ അകപ്പേലവ് ഉണ്ടോ സ്നേഹമുണ്ടോ പ്രിയമുണ്ട് സ്നേഹമുണ്ടോ പ്രിയമുണ്ട് പ്രിയമുണ്ടോ നമ്മളോട് ഇന്ന് രാവിലെ കർത്താവ് ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടോ എത്രയോ വട്ടം നമ്മളെ ഓരോ കാര്യങ്ങളിലെ കർത്താവ് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇന്ന് കർത്താവ് നിറഞ്ഞ കണ്ണുകളോടെ നമ്മളോട് ചോദിക്കുക മോനെ മോളെ നിനക്കെന്നോട് സ്നേഹമുണ്ടോ സ്നേഹമുണ്ടോ സത്യത്തിൽ നമുക്ക് പത്രോസ് പറയുന്ന അതുപോലെയല്ലേ പറയാൻ കൂടിപ്പോയാൽ കഴിയുള്ളു എനിക്ക് കർത്താവേ എനിക്കങ്ങനെ എല്ലാം ഉപേക്ഷിക്കുന്ന ആ സൂപ്പർലെറ്റീവായ ഒരു സ്നേഹമൊന്നും എനിക്കുണ്ടോ എനിക്കൊരു പ്രിയം ചിലപ്പം കാണുമായിരിക്കും ഈ കാര്യം നീ ഒന്ന് കണ്ടാൽ ഞാൻ നമ്മളൊന്ന് കണ്ടാൽ നമ്മൾ എത്രയും വേഗം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരും മനസ്സാന്തരപ്പെടും ഇവിടെ കർത്താവ് ചോദിക്കുക സ്നേഹമുണ്ടോ സ്നേഹമുണ്ടോ നമ്മളിവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ് പറഞ്ഞ് കാര്യങ്ങൾ സ്നേഹത്തെക്കുറിച്ചും പ്രിയത്തെക്കുറിച്ചും പറയാം നമ്മളോട് ദൈവം എന്താ പറഞ്ഞേക്കുന്നത് നമ്മളോട് ദൈവം പറഞ്ഞേക്കുന്നത് നമ്മുടെ സഹോദരന്മാരെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെയൊക്കെ എന്ത് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് സ്നേഹിക്കാനാണ് പറഞ്ഞേക്കുന്നത് അകപ്പേ ലൗ ആ പറഞ്ഞേക്കുന്നത് ഈ സ്നേഹവും ഇഷ്ടവും തമ്മിലൊരു വ്യത്യാസമുണ്ട് നമുക്ക് ചിലരെ വേണ്ട പോലെ അങ്ങോട്ട് ഇഷ്ടപ്പെടാനൊക്കെ ഇല്ല ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഓർക്കുന്നില്ല ഞാൻ കായംകുളത്ത് ഇവിടെ ബസ്സിൽ പോകുമ്പോൾ എൻ്റെ അടുത്തൊരു ആളിരിക്കുക അദ്ദേഹം വഴിയിൽ ഒരാളെ നോക്കിയിട്ട് വന്നാൽ കണ്ടോ ആ പുള്ളി കണ്ടോ ഇയാടത്രയും അഹങ്കാരിയായ ഒരുത്തനുണ്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇവർ തമ്മി നേരത്തെ അറിയുന്ന ആളുകൾ ആരെങ്കിലും ആണ് അപ്പം ഞാൻ ഈ ആളിനോട് ചോദിച്ചു നിങ്ങളറിയുമോ അപ്പോൾ അയാളൊന്നും പരിങ്ങി ഇല്ലേ എനിക്കറിഞ്ഞുകൂടെ പക്ഷേ ഫുള്ളി ഇതുപോലൊരു തന്നെ എനിക്കറിയാം അവനെന്താ അവൻ ഭയങ്കര അഹങ്കാരിയാണ് അതായത് ഈ വഴി നിൽക്കുന്ന ജൂബായിട്ട ഒരു മനുഷ്യൻ ആ ജൂബായിട്ട മനുഷ്യനെ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്ത് തോന്നി പണ്ടെവിടെയോ തന്നെ ദ്രോഹിച്ച അഹങ്കാരിയായ വേറൊരാളെ ഓർമ്മ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യനെക്കുറിച്ച് എന്നോട് പറയുക ഇയാൾ വളരെ മോശക്കാരനാണെന്നൊക്കെ പറയുക ഞാനത് അവിടെ ഇരുന്ന് ഈ ചെറുപ്പക്കാരനോട് സംസാരിച്ച് വന്നപ്പോൾ അയാൾക്ക് ഇയാളെ അറിയിഞ്ഞേ കൂടാ എന്താ പ്രശ്നം ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഈ മനുഷ്യൻ്റെ ജുബായി ഒക്കെ കണ്ടപ്പോൾ പഴയ ജുബായിട്ട് ആരെയും ഓർമ്മ വന്ന് ഒറ്റ നോട്ടത്തിൽ ഇയാളെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല സഹോര സഹോരി നമ്മളോട് പലരോടും കർത്താവ് പറഞ്ഞിട്ടുള്ള നമ്മുടെ സഹോദരന്മാരെ ഇഷ്ടപ്പെടാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് അതേ അർത്ഥത്തെ മനസ്സിലാക്കണേ നമുക്ക് ചിലപ്പം ചില ആളുകളെ ചില ആളുകളുടെ അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈല് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ കണ്ണട ചിരിക്കുമ്പോൾ കാണുന്ന സ്വർണ്ണ പല്ല് ചിലതൊന്നും നമുക്ക് ഇഷ്ടമല്ല ആ സൗഹര്യയുടെ ആ ഭാവം എന്നോടും നിന്നോടും ഇഷ്ടപ്പെടാൻ പറഞ്ഞിട്ടില്ല ഇഷ്ടപ്പെടാൻ പറഞ്ഞിരുന്നേ നമ്മുടെ കാര്യം വലിയ കുഴപ്പത്തിലായിപ്പോയി സ്നേഹവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം എന്താ സ്നേഹമെന്ന് പറയുന്നത് ഒരു കാൽക്കുലേറ്റീവ് ലവ എന്ന് വച്ചാൽ മറ്റേ ആളിൻ്റെ ആത്യന്തിക നന്മ ഉദ്ദേശിച്ച് നമ്മൾ വളരെ ഡെലിബറേറ്റായിട്ട് അയാളുടെ ആത്യന്തിക നന്മ ഉദ്ദേശിച്ച് അയാൾക്ക് വേണ്ടി കരുതുന്ന അതാണ് സ്നേഹം അതാണ് സ്നേഹം എന്നാൽ സ്നേഹിക്കുന്നവരെയെല്ലാം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്ന് വരണമെന്നില്ല ചിലപ്പോൾ അതൊക്കെ ആളുകൾ ചെറുപ്പത്തിൽ ഏഹ് ചെറുപ്പത്തിൽ ചിലപ്പം ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുഞ്ഞ് അവനെ ആവശ്യമില്ലാതെ അടിച്ച സാറ് ഏ ആ സാറ് എൻ്റെ എന്തെങ്കിലും ഒരു മാനറിസം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ മനസ്സിൽ കിടക്കുമ്പോൾ ഒരാളെ ആദ്യം കാണുമ്പോൾ തന്നെ ആ സാറിനെ ഓർമ്മ വന്നാൽ ഈ ആളിനെ ഇഷ്ടമില്ല മനുഷ്യൻ്റെ ഒരു നേച്ചറാത് ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ പ്രിയപ്പെട്ടവർ നമുക്ക് ഈ ലോകത്ത് കാണുന്ന മനുഷ്യരെ എല്ലാം ഇഷ്ടപ്പെടാൻ ഒക്കുകയില്ല എന്നോടും നിന്നോടും ഇഷ്ടപ്പെട്ടോളാൻ കർത്താവ് പറഞ്ഞിട്ടുമില്ല മറിച്ച് എന്താ വേണ്ടത് പക്ഷേ അവരുടെ ആത്യന്തിക നന്മയ്ക്കു വേണ്ടി അവരെ കരുതാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് അകപ്പേലവും ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം ആളുകളെ അവരുടെ ചില പ്രത്യേകതകൾ ചില പെരുമാറ്റ രീതികൾ ചില അവരുടെ ചില മാനറിസങ്ങൾ ചിലത് കൊണ്ടൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരികയല്ല എന്നാൽ അപ്പോഴും അവരെ നമ്മൾ എന്ത് ചെയ്യണം സ്നേഹിക്കണം ഇതാണ് അകപ്പേ ലവ് മറ്റേ തമ്മിലുള്ള വ്യത്യാസം പോട്ടെ ഞാൻ നമ്മളിത് പറഞ്ഞു വന്നപ്പോൾ ഇവിടെ ഈ കാര്യം പറഞ്ഞേയുള്ളൂ ഇവിടെ നോക്കുക കർത്താവ് എന്ത് ചെയ്യുന്നു കർത്താവ് ഇവരെ ഇവരെ എന്തു ചെയ്യുന്നു ഇവരെ ഒരു അകപ്പേ ലവ് കൊണ്ട് സ്നേഹിക്കുക ചെയ്യുന്നു ദൈവം നമ്മളെ സ്നേഹിച്ചതും സത്യത്തിൽ ഒരു അകപ്പേ ലൗവല്ലേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ യോഹൻ ഞാൻ മൂന്നിൻ്റെ പതിനാറ് അവിടെ എന്താ എന്താ നമ്മൾ കാണുന്നത് ദൈവം നമ്മളെ സ്നേഹിച്ചു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ കണ്ടതിന് വേണ്ടി ദൈവം അവരെ സ്നേഹിച്ചു ഈ ഏതിനെയാണ് സ്നേഹിച്ചത് ലോകത്തെയാണ് സ്നേഹിച്ചത് സത്യത്തെ വിശുദ്ധനായ ദൈവത്തിന് ഈ ലോകത്തെ എങ്ങനെ സ്നേഹിക്കാൻ ഒക്കും ഈ ലോകത്തെ തിന്മകളും ഓ പാപങ്ങളും കണ്ടാൽ ദൈവത്തിന് മുകളിലിരുന്ന് ഈ ലോകത്തെ ഇഷ്ടപ്പെടാൻ കഴിയുമോ ദൈവം ലോകത്തെ ഇഷ്ടപ്പെട്ടു എന്നല്ല പറയുന്നത് മറിച്ച് എന്താ പറയുന്നത് സ്നേഹിച്ചു എന്നാണ് പറയുന്നത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ പ്രിയപ്പെട്ടവരെ ദൈവം ലോകത്തെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല ദൈവത്തിന് നീതിമാനായ ദൈവത്തിന് നീതിമാനായ വിശുദ്ധനായ ദൈവത്തിന് ഇത്രയും അശുദ്ധി നടമാടുന്ന ലോകത്തെ നോക്കിയിട്ട് ഈ ലോകത്തെ ഇഷ്ടപ്പെടാൻ കഴിയുമോ ഇഷ്ടപ്പെടാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരികയില്ല പക്ഷേ പക്ഷേ ഈ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി അവരുടെ ആത്യന്തിക നന്മ ഉദ്ദേശിച്ച് തൻ്റെ പുത്രനെ തകർത്ത് കളയാനും അവരുടെ നിത്യതയ്ക്ക് വേണ്ടി കരുതാനും അങ്ങനെയൊരു ഡെലിബറേറ്റ് പ്ലാൻഡായിട്ടുള്ള ഒരു സ്നേഹമാണ് അകപ്പേലവ് അങ്ങനെ ഈ ലോകത്തെ സ്നേഹിച്ചു നമ്മളോടും പറയുന്നത് എന്താ അങ്ങനെ സ്നേഹിക്കാനാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ പലരും അയ്യോ എനിക്ക് എന്ന് പറഞ്ഞ് നമ്മളിഷ്ടവും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി അതിനെ ശരിയായ വെളിച്ചത്തിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ അനാവശ്യമായ ഒരു കുറ്റബോധത്തിൽ ചിലപ്പോൾ വീണ് പോകാൻ സാധ്യതയുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബി ബി ബി എസ് നടത്തുന്നു ഏതെല്ലാം തരം വീടുകളിൽ നിന്നായി കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഓടി വരുന്നതെന്നറിയാവോ ഇന്ന് പത്ത് നൂറ് നൂറ്റി ഇരുപത് കുഞ്ഞുങ്ങൾ ഇവിടെ തൊട്ട് ഓടാമെന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നതില പാർട്ടികൾ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ക്ഷമ വേണ്ട ആളുകൾ ദയവായിട്ട് ഇവിടെ ബി ബി എസിൻ്റെ അധ്യാപകരാകാനായിട്ട് ഇന്ന് പേര് കൊടുക്കുക ഓൾ ഇൻഡ്യേഴ്സാകാൻ വേണ്ടി ഒരു ഒരു നമ്മളിവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പല കാര്യങ്ങൾ പറഞ്ഞ് അവർക്കെല്ലാം ഒരുമാതിരി പെരുമാറാനൊക്കെ അറിയാം ഇങ്ങനെയുള്ള യാതൊരു പെരുമാറ്റത്തിൻ്റെതായ അങ്ങനെയുള്ള ആ നിലയിലുള്ള ഒരു ശിക്ഷണവും കിട്ടിയിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ ഇവരൊക്കെ വരുന്നു ഈ കുഞ്ഞുങ്ങളെയെല്ലാം കൂടെ പഠിപ്പിക്കാനും ഇവരെ സ്നേഹിക്കാനും ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുമ്പം പലപ്പോഴും ഇവരിൽ പലരുടെയും പെരുമാറ്റം നമുക്ക് ചിലപ്പം വേണ്ടതുപോലെ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല സഹോദരി നിന്നോട് ഇഷ്ടപ്പെടാൻ പറഞ്ഞിട്ടില്ല ഇത് നിനക്കൊത്തിരി സ്വാതന്ത്ര്യം തരട്ടെ പക്ഷേ സ്നേഹിക്കാൻ നീ മറക്കല്ലേ സ്നേഹിക്കാൻ മറക്കല്ലേ സ്നേഹം വേറൊരു കാര്യമാണ് അങ്ങനെ സ്നേഹിച്ചു വരുമ്പം നമുക്കെന്തോ ചെയ്യും അവരെ അവരുടെ തനിമയിൽ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചിലരെ അവരെ അവരുടെ വീടുകളിൽ ചെന്ന് കാണുകയും പിന്നീട് അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ കുഞ്ഞെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു അങ്ങനെ ആയി കഴിയുമ്പോൾ ഇവൻ്റെ ആത്യന്തിക നന്മയ്ക്കു വേണ്ടി നമ്മളിവനെ സ്നേഹിച്ചു കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവനോട് അടുത്ത് നമ്മൾ പതുക്കെ അവനെ ഇഷ്ടപ്പെടാനും തുടങ്ങും അവൻ്റെ എല്ലാ എല്ലാ പ്രത്യേകതകളോടും ഇഷ്ടപ്പെടാനും തുടങ്ങും പ്രിയപ്പെട്ടവർ അതാണതിൻ്റെ വഴി ആ നമ്മൾ അതല്ലല്ലോ പറഞ്ഞു വന്നത് കർത്താവൻ ചെയ്തു കർത്താവ് പത്രോസിനെ അവനെ മടക്കി കൊണ്ടുവന്നു മടക്കി കൊണ്ടുവന്നു ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ യേശു ചോദിക്കുന്നു പത്രോസേ എന്നോട് സ്നേഹമുണ്ടോ ഇല്ല സ്നേഹമില്ല എനിക്കൊരു പ്രിയം കാണുമായിരിക്കും സ്നേഹമുണ്ടോ ഇല്ല പ്രിയം കാണുമായിരിക്കും ആട്ടെ പ്രിയമെങ്കിലും ഉണ്ടോ പറഞ്ഞപോലെ ശരിക്കും എനിക്ക് പ്രിയമെങ്കിലും ഉണ്ടോ അവിടെ പത്രോസ് ഏതാസ്ഥാനപ്പെട്ടു ഏഴാമത്തെ കാര്യം ഏഴാമത്തെ കാര്യം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പത്രോസിനെ ദൈവം കർത്താവ് എന്തോ ചെയ്യുന്നു എൻ്റെ ആടുകളെ മേയിക്കുക എന്ന് പറഞ്ഞ് അവനെ വീണ്ടും ആ പഴയ ദൗത്യം അവനെ വീണ്ടും ഏൽപ്പിക്കുകയാണ് കർത്താവ് ചെയ്യുന്നത് മത്ത എഴുതിയ സുശേഷം നാലാമധ്യായം അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ പത്രോസ് ആദ്യം കർത്താവിൻ്റെ അടുത്ത് വന്നപ്പം തന്നെ കർത്താവ് കൊടുത്ത ഒരു ദൗത്യമാണ് ഈ ആടുകളെ മേയിക്കുക അല്ലെങ്കിൽ ഈ മനുഷ്യരെ പിടിക്കുന്ന ഒരു കാര്യം നാലിൻ്റെ പത്തൊൻപതിൽ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിൻ്റെ നാൽപ്പത്തി രണ്ടിൽ യോഹന്നാൻ പത്രോസ് കർത്താവിൻ്റെ അടുത്ത് വന്ന രംഗത്തെക്കുറിച്ച് വിവരിക്കുന്ന ആദ്യത്തെ ഭാഗം യോഹന്നാൻ ഒന്നിൻ്റെ വരുമ്പോൾ അവിടെയും കർത്താവ് അവനൊരു ദൗത്യം കൊടുക്കുന്നുണ്ട് നിനക്ക് കേഫ എന്നു പേരാകും നീയ നീയ പാറകൃഷ്ണമാണ് ഏ ഏ നിന്നെ എന്ന് പേരാകുമെന്ന് അവനെ ഈ പണിയുടെ ൊരു ചുമതലയേൽപ്പിക്കുക ഈ സഭയുടെ പണിയിൽ കർത്താവ് തന്നെ മൂലക്കല്ലായിരിക്കേ അതിന്മേൽ പണിയപ്പെടുന്ന ആ ഒരു പണിയിലെ ഒരു പ്രധാന പണിക്കാരനായിട്ട് കർത്താവ് ഇവനെ ഈ വിളി നഷ്ടപ്പെടുത്തിയാണ് ഇവനീ എന്നാൽ ഇപ്പോൾ ഇവനെ വീണ്ടും അതിലേക്ക് തിരിച്ചു വീണ്ടും അതേ കാര്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളെന്തോ കാണുന്നുണ്ട് ഇപ്പം നാൾ വന്നപ്പോൾ ഇതാ തൻ്റെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് മൂവായിരം പേരെ ഇതിലേക്ക് മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർത്തു ഈ സഭയുടെ പണിയിൽ പ്രധാന പണിക്കാരനായിട്ട് കെഫ നിൽക്കുന്നു കണ്ടോ അപ്പോൾ ആ ഒരു ദൗത്യത്തിലേക്ക് പത്രോസിനെ വീണ്ടും കൊണ്ടുവരുന്നതാണ് നമ്മളിവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിലൂടെ കടന്നു കേവലം ഇത് പത്രോസിൻ്റെ ഒരു ചില അനുഭവങ്ങൾ നമ്മുടെ ഒരു അറിവിനു വേണ്ടി പറഞ്ഞു എന്നുള്ളതിനപ്പുറത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഇതിനെ എടുക്കാം നമുക്കിന്ന് രാവിലെ കർത്താവിൻ്റെ ആ കണ്ണുകളുടെ ആർദ്രത നമ്മുടെ നേരെ നോക്കുന്നു കഴിഞ്ഞ ദിവസവും നമ്മൾ ഒരുപക്ഷെ കർത്താവിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും കർത്താവ് പക്ഷേ നമ്മളെ ബ്ലെയിം ചെയ്യാനല്ല കുഞ്ഞുങ്ങൾ പാടിയ പാട്ടിൽ പറയുന്നത് പോലെ നമ്മളെ ബ്ലെയിം ചെയ്യുന്നില്ല ഒരു കുറ്റാരോപണത്തിൻ്റെ നോട്ടമല്ല മറിച്ച് ആർദ്രതയോടെയുള്ള നോട്ടം രണ്ടാമത് പത്രോസിൻ്റെ അടുത്ത് ആൻ പീറ്റർ പത്രോസിനോടും പറയുക എന്ന് പറഞ്ഞ് സ്ത്രീകളുടെ അടുത്ത് പറഞ്ഞ് വിട്ടതുപോലെ നമുക്ക് വേണ്ടി നമ്മുടെ പേര് പറഞ്ഞ് നമ്മുടെ പേര് കർത്താവിനറിയാം എൻ്റെയും നിൻ്റെയും പേരറിയാം നമ്മുടെ പേര് പറഞ്ഞ് നീ മടങ്ങി വരിക എന്നൊരു സന്ദേശം നമുക്ക് നൽകുക ഇന്ന് ഈ പ്രസംഗത്തിലൂടെ ഈ കഴിവിയിലൂടെ ഒരു പക്ഷേ സഹോദര സഹോദരി നിന്നെ പേര് ചൊല്ലി വിളിച്ച് പറയുക നിന്നോടും പറയുക ശിഷ്യന്മാരോടും പറയുക എസ്പെഷ്യലി ഇന്ന പീറ്റർന്നുള്ളിടത്ത് നമുക്ക് നമ്മുടെ പേര് ചേർക്കാം നമ്മളെയും പ്രത്യേകം വിളിച്ചു നമ്മളെ തള്ളിക്കളഞ്ഞില്ല നമ്മൾ പലപ്പോഴും വിചാരിക്കുകയോ എനിക്കെന്താ അർഹത അവരൊക്കെ യാക്കോമിയോ എന്നതിനൊക്കെ ഗലിയിലേക്ക് പൊക്കോട്ടെ ഞാനിവിടെ എവിടെങ്കിലും അങ്ങ് നിന്നോളാം പഴയ തൊഴിലിന് പൊക്കോളാം കാര്യം ഞാൻ ഇതിനർഹനല്ല ഇല്ല ഇല്ല കർത്താവിൻ്റെ സ്നേഹം നിന്നെ വിട്ടുകളയില്ല നിന്നോടു നിൻ്റെ പേര് ആൻ പീറ്റർ എന്നുള്ള നമ്മുടെ പേര് ചേർത്ത് നമ്മളെ കാണുക അതുപോലെ നമുക്ക് പത്രോസിന് വേണ്ടി പ്രത്യേകമായിട്ട് മൂന്നാമത് കർത്താവ് പ്രത്യക്ഷമായി ഷീമോനും പ്രത്യേകം പ്രത്യക്ഷമായി മൂന്നാമത്തെ കാര്യമാണ് നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് പത്രോസിനു വേണ്ടി തന്നെ വിട്ടുപോയ ശിഷ്യന്മാർക്ക് വേണ്ടി ഒരു രാത്രി മുഴുവൻ കാത്തു കട കരയിൽ കാത്തു ഇപ്പോഴും കർത്താവ് കാത്തു നിൽക്കുക മകനെ നീ മടങ്ങി വരുമോ മടങ്ങി വരുമോ കാത്തു നമ്മൾ പറഞ്ഞപ്പോൾ പലപ്പോഴും പറയാറുള്ള ആ പ്രസിദ്ധമായ പെയിൻറ്റിങ്ങിൻ്റെ കഥ നിങ്ങൾ ഓർക്കുന്നില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കർത്താവ് ഏഹ് കർത്താവ് ഒരു കയ്യിൽ കയ്യിലൊരു റാന്തലുമായിട്ടൊരു വാതുക്കം മുട്ടിക്കൊണ്ടിരിക്കുന്ന ചിത്രം പ്രശസ്തമായ ചിത്രമാണ് ആ ചിത്രം ഒരു അപ്പനും മോനും കൂടെ കണ്ടു മൂന്ന് വയസ്സുള്ള കുഞ്ഞ് അപ്പൻ പറഞ്ഞു കൊടുത്തു മോനെ ഇത് യേശുവാ യേശു ആ വാതുക്കം മുട്ടുക അപ്പം കുഞ്ഞ് ചോദിച്ചു എന്തിനാണ് അപ്പം ഇത് യേശു മുട്ടുന്നത് അത് വാതിൽ തുറക്കാൻ വേണ്ടി മുട്ടുക കയ്യിലെന്തിനാണ് റാന്തൽ വെച്ചേക്കുന്നത് അത് ഇരുട്ടല്ലേ ഇരുട്ടത്ത് കർത്താവ് വെളിയിൽ നിൽക്കുക കണ്ടോ വാതല് അകത്തു നിന്ന് വേണം തുറക്കാൻ അപ്പം ഇവിടെ നിന്ന് മുട്ടുന്നു ഇതിൻ്റെ സാക്ഷാ എന്തിയെ തുറക്കുന്നത് ഇതെന്തിയെ സാക്ഷായ ഒക്കെ അകത്തു നിന്ന് തുറന്നാലേ ഇത് തുറക്കുള്ളൂ ഓക്കെ ഇവൻ പിന്നെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക അപ്പന് അറിയാവുന്നതുപോലെ ഈ പെയിൻറ്റിങ് കണ്ട് നിങ്ങളും ആ പെയിൻറ്റിങ്ങെ കണ്ട് കാണും ക്രിസ്മസ് കാർഡുകളിലൊക്കെ ഉണ്ട് യേശി ഒരു കയ്യിൽ റാന്തല് വെച്ചിട്ട് ഒരാ അഞ്ഞ് കിടക്കുന്ന വാതിലിൽ മുട്ടുന്നു ഉടനെ ഈ കുഞ്ഞിനെ ഇതെല്ലാം കാണിച്ചു അപ്പനും മോനും കൂടെ ഇതെല്ലാം കണ്ടെച്ച് ആ മ്യൂസിയത്തിൽ ആ ഫോട്ടോ എല്ലാം ആ ചിത്രം എല്ലാം കണ്ടിട്ട് മടങ്ങിപ്പോയി രാത്രി അത്താഴ മൂന്ന് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ കിടക്കുക അപ്പം സാധാരണ സാധാരണ ആ മോനെ ഉറങ്ങേണ്ട സമയമായിട്ടും അവൻ ഉറങ്ങാത്ത പോലെ തോന്നിയപ്പം അപ്പം ചോദിച്ചു മോനെ നീ ഉറങ്ങിയില്ലേ ഇല്ല അപ്പം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് എന്തോ ചോദിക്കാൻ അല്ല അവർ ആ വാതിൽ തുറന്നോ അതോ യേശുവിനെ ഇപ്പോഴും മഞ്ഞത്ത് നിർത്തിയിരിക്കുകയെന്നോ അപ്പോൾ കുഞ്ഞിൻ്റെ മനസ്സിലാകാ അപ്പന ഇതെല്ലാം പറന്നുപോയി പക്ഷേ അവൻ വിചാരിച്ചത് ശരിക്കും കർത്താവ് പുറത്താണ് നിൽക്കുന്നത് വാതല് തുറക്കണമെങ്കിൽ അകത്തു നിന്ന് തുറന്നാലേക്കുള്ളൂ കർത്താവ് കാത്തു നിൽക്കുക കാത്തു നിൽക്കുക പ്രിയപ്പെട്ടവരെ കർത്താവ് അവർ പോയപ്പോൾ മുതൽ കരയിൽ കാത്തു നിൽക്കുകയാണ് കാത്തു നിൽക്കുകയാണ് ഓ അതുപോലെ തന്നെ കർത്താവ് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒരു പ്രഭാത ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നു നമ്മെ അവൻ വിരുന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു നമ്മുടെ ഭൗതിക ആവശ്യങ്ങളെ അവിടെ നിന്ന് അറിയുന്നു നമ്മുടെ ഭൗതികമായ പല പ്രാർത്ഥനകളും ദൈവം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളോട് പ്രസാദിച്ചിരിക്കുന്നതെന്നാണോ ചിലപ്പോൾ പ്രസാദിച്ചു എന്നുള്ളതിന് തെളിവാകണമെന്നില്ല അവിടുത്തെ കരുണയിൽ ഒന്നാമത് നമ്മുടെ ആവശ്യങ്ങൾ ഭൗതിക ആവശ്യങ്ങൾ ഫസ്റ്റ് തിങ് ഫസ്റ്റ് അവർക്കിപ്പോൾ ഭക്ഷണം ആവശ്യം അവരെ സംബന്ധിച്ച് ഇന്ന കാര്യമാണോ അവരുടെ ഒരു ജോലി ആവശ്യം ഓ ആ കാര്യങ്ങൾ ക്രമീകരിച്ചു കൊടുക്കുക ക്രമീകരിച്ചു സ്നേഹത്തെ നമ്മൾ എന്ത് വേണം ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ആ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി കിട്ടുമ്പം നമ്മൾ അവൻ്റെ സ്നേഹത്തെയാണ് തിരിച്ചറിയേണ്ടത് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓ അവനോട് എന്ത് ചെയ്തു അവനോട് പല കാര്യങ്ങൾ ചോദിച്ച് അവനെ സ്നേഹത്തിലേക്ക് കർത്താവ് മടക്കി കൊണ്ടുപോകുന്നു എന്നിട്ട് അവന് പഴയ അതേ ദൗത്യം തന്നെ കൊടുത്ത് അവനെ മടങ്ങി അവനെ ഇതാ ആ പണിയുടെ പ്രധാന അമരക്കാരനാക്കി തീർക്കണം നമുക്ക് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം നമുക്ക്